നി കരചരണമോത്രം നൂത്രം നോജാതിർന്ന പുരുഷോ നസം നീക്കം നൈവാരം നമരണ നാസ്തി പുണ്യം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമാമി സദാശിവസമാരംഭം ശരാചാര്മധ്യമാസ്മദാചാര്യപര്യ വേ ഗുരുപരം പരാനവ്യാഖ്യകട്രഹ്മത്തം യുമാനം വർഷിഷ്ടേവസിഗണൈരാവൃത ബ്രഹ്മനിഷാരേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാമു മുദിത വക്ഷിമൂർത്തിമീഡേ വേദന്ഭാസകാ യന്യ സദിഗേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാഗവത് ബിഭ്രത്തെ തസ്മൈ ഭാഷ്യ നമോസ്തു സതും പൂർണ്ണാ ബോധാത്മനി അപാരസിത്സുഖപരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹ്തണീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകം അഹം ബുദ്ധിർന്നോഹം തത്തദാവസുപ്തിസമേ സിദ്ധാത്മസദ്ഭാവത കോഹം ഭാവയു കുതോ വരധിയുഷ്ടമനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാരുണാചലശശിവ പൂർണോ വിഭാതി സ്വയം ശോണ പ്രഭം സോമകളാവതം സാണിസ്ഫുര പഞ്ചശലേക്ഷുചാ പ്രാണപ്രിം നൌമി പികോത്രയസ്തം കൂലദൈവനഹം ഹൃദയഗുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിന്വതാ പവനചലന റോ ആത്മനിഷ്ടോരി സാരേണ ശ്രാവയുവാ ശുഭം ഗിരം ൂർത്തിന മമൈവാംശോ ജീവലോകെ ജീവഭൂത സനതയിലെ പ്രധാന ശ്ലോകങ്ങളിൽ പെട്ട ഒരു ശ്ലോകമാണ് ജീവൻ ദിവ്യമാണ് ആരും എവിടെ പാപികളും ഒന്നും തന്നെ ഇല്ല പാപം എന്നൊക്കെ പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ശരീരവും മനസ്സും ആയിട്ടുള്ള സമ്പർക്കം ഉള്ളത്തോളം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ജീവനെയും ബാധിക്കുന്നതുകൊണ്ട് പാപി പുണ്യം പാപം എന്നൊക്കെ പറയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ജീവന്റെ സ്വരൂപം ദിവ്യമാണ് അതിന് പ്രമാണമാണ് ഇന്നലെ കണ്ട ശ്ലോകം മമൈവ അംശഹ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയ പ്രകൃതിസ്ഥാനി കർഷതി ആറ് ഇന്ദ്രിയങ്ങൾ അഞ്ചു ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്ന് കർഷക കർഷകെന്ന് വെച്ചാൽ ആകർഷിക്കുന്നു എന്നർത്ഥം ഈ ജീവൻ ഹൃദയ കേന്ദ്ര ഇരുന്നു കൊണ്ട് നോക്കണം കണ്ണിലൂടെ രൂപം കാണുന്നു അല്ലെ നിങ്ങളെയൊക്കെ കണ്ട് ആ രൂപം കണ്ണിൽ ചെന്ന് മനസ്സിൽ ചെന്ന് ആർക്ക് കൊടുക്കണു ആ രൂപത്തിനെ എനിക്ക് തരണം ചെവിയിലൂടെ ശബ്ദം കേൾക്കണു ശബ്ദത്തിനെ ഉള്ളില് കൊണ്ടുചെന്ന് മനസ്സിൽ കൊടുത്ത് പിന്നീട് അവിടെ നിന്ന് ആരെടുക്കുന്നു കേൾക്കുന്നു മൂക്കിലൂടെ മണം ഞാൻ മണക്കുന്നു നാക്കലൂടെ രുചി ഞാൻ രുചിക്കുന്നു അപ്പോ കേന്ദ്രസ്ഥാനത്ത് ഈ ഞാൻ എന്ന് ഭാവത്തിൽ ജീവൻ ഇരുന്നു കൊണ്ട് വെളിയിലുള്ള ഓരോ വിഷയങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുക ഓരോ വിഷയങ്ങൾക്കും കേന്ദ്രസ്ഥാനം അതാണ് അതാണ് കേനോപനിഷത്തിലെ ചോദ്യം തന്നെ അതാണ് ആരാണ് ഇതിനകത്തിരുന്നു കൊണ്ട് ഏതൊരു ദേവനാണ് കണ്ണിലൂടെ രൂപത്തിനെയും ചെവിയിലൂടെ ശബ്ദത്തിനെയും ഒക്കെ അനുഭവിക്കുന്നത് കേനഹ പ്രാണ പ്രഥമ പ്രീതിയുക്ത പ്രാണൻ ഏതൊരുത്തനുള്ളത് കൊണ്ട് ആരാൾ പ്രചോദിതനായിട്ടാണ് ചലിക്കുന്നത് അയാള് ഇപ്പൊ നമുക്ക് അറിവുള്ള ഇടത്തോളം ജീവൻ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ ജീവൻ പരിശുദ്ധമാണ് അതിന്റെ സ്വരൂപം ദിവ്യമാണ് അത് എത്ര കണ്ട് തെളിയുന്നു അത്ര കണ്ട് ദിവ്യം അത് തെളിഞ്ഞു തെളിഞ്ഞു വരുംതോറും ശ്രുതി അത്യദ്ഭുതമായിട്ട് പറയുന്നു ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോഹി അജഹം അപ്രാണോഹി അമനാഹ ശുഭ്രഹം അക്ഷരാത്പരത ഇനി നമ്മൾ പുരുഷോത്തമനെ കുറിച്ച് പറയാൻ പോകുന്നു അതിനുള്ള പ്രമാണമാണ് ഈ ശ്ലോകങ്ങളൊക്കെ ദിവ്യോ ഹി അമൂർത്ത പുരുഷ സ ബാഹ്യാഭ്യന്തരോ ഹി അജ അപ്രാണോഹി അമനാഹ ശുഭ്രഹ ഹി അക്ഷരാത് പരത അക്ഷരത്തിൽ നിന്ന് പരമായിട്ടുള്ള പുരുഷൻ ആയിട്ട് ഈ ജീവൻ ജീവൻ എന്നുള്ള സ്ഥാനം പോയി പരമപുരുഷനായി പ്രകാശിക്കും അതിരിക്കട്ടെ ഇപ്പോ നമ്മളുടെ ഹൃദയദഹരത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന പോലെ തോന്നുന്ന ജീവൻ പരിപൂർണ വസ്തുവിന്റെ അംശമാണ് ശരീരമാകുന്ന വൃക്ഷം ആ വൃക്ഷത്തിൽ രണ്ടു പക്ഷികൾ ഇരിക്കുന്നു ശ്രുതി ഞാൻ അന്ന് അതിന്റെ മന്ത്രം മാത്രം ചൊല്ലിപ്പോയി ശരീരത്തിനെ തന്നെ വൃക്ഷമായിട്ട് എടുക്കുകയാണെങ്കിൽ സംസാരവൃക്ഷം ഈ ശരീരം തന്നെ എന്ന് ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ടു പക്ഷികൾ ഇരിക്കുന്നു ദ്വാസുപർണ സയുജ ഉം രണ്ട് സുവർണങ്ങൾ എന്നുവച്ചാൽ സ്വർണവർണത്തിലുള്ള പക്ഷികൾ അതിൽ ഒരു പക്ഷി പതുക്കെ മറ്റേ പക്ഷിയിൽ നിന്നും അകന്നു അകലാൻ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ കുറച്ച് അകലെ രണ്ട് പഴം കണ്ടു അപ്പൊ ആ മരത്തിലെ പഴം തിനാനായിട്ട് ഈ പക്ഷി ഒരു പക്ഷിയിൽ നിന്നും അകന്നു അല്പം അകന്ന് ആ പഴം അല്പം കടിച്ചപ്പോ മധുരം തോന്നി മധുരം തോന്നിയപ്പോ ഒന്നുകൂടെ അകന്നു ചുവട്ടിലുള്ള പഴം കടിക്കാനായിട്ട് അത് കടിച്ചപ്പോ അല്പം കൂടെ മധുരം തോന്നി അല്പം കൂടെ അകന്നു പക്ഷെ അകന്നു പോകും ഈ പക്ഷി കറുത്ത് കറുത്ത് കറുത്ത് കറുത്ത് അതിന്റെ സ്വർണ വർണ്ണം അതിന്റെ തേജസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇങ്ങനെ ചുവട്ടിലേക്ക് പഴം തിന്നാനുള്ള കൊതി കാരണം പിപ്പലം സ്വാദു അത്തി അങ്ങനെ പഴം തിന്നാനുള്ള കൊതി കാരണം ചുവട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി ഇറങ്ങി വന്നു അവസാനം കുറെ പഴം തിന്ന് കഴിഞ്ഞ ഇത് കറുത്ത് കരിവാളിച്ച് അതിന്റെ രൂപമൊക്കെ മാറിപ്പോയി ചളി പിടിച്ച പോലെയായി അവസാനം ഒരു പഴം കടിച്ചു കടിച്ചപ്പോ പുളിച്ചു പിന്നീ സംശയം മറ്റൊരു പഴം കൂടെ കടിച്ചു നോക്കി കൊതിയോടുകൂടെ അപ്പം പുളിച്ചു എന്താപ്പ ഇത്ര ദിവസം പുളിച്ചില്ല ഒക്കെ നല്ല മധുരമായിരുന്നു ഇപ്പൊ പുളിക്കുന്നു മറ്റൊരു പഴം കടിച്ചു നോക്കി അതും പൊളിച്ചു പൊളിച്ചപ്പോ മേപ്പട്ടേക്ക് ഒന്ന് നോക്കി മേപ്പട്ട് നോക്കിയപ്പോ മുകളിലുള്ള പക്ഷിയുണ്ടല്ലോ അനശ്നോ അഭിജാകശീതി അയാള് ഒരു പഴവും തിന്നാതെ പുളിക്കുന്ന പഴവും തിന്നുന്നില്ല അയാള് മധുരിക്കുന്ന പഴവും തിന്നുന്നില്ല ഗംഭീരമായിട്ടിരിക്കുക അപ്പോ ഇനി നമുക്ക് ഈ പഴം വേണ്ട എന്ന് പറഞ്ഞ് മേപ്പട്ട് കുറച്ച് മേലോട്ട് പോയി മേലോട്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു പഴം അത് ഇത്തിരി കടിച്ചു നോക്കിയപ്പോ മധുരിക്കണു അപ്പൊ പിന്നെയും മേലെയുള്ള പക്ഷിയെ മറന്നു അപ്പോഴും മേലെയുള്ള പക്ഷിയെ മറന്നു ആ പഴം തിന്നാനുള്ള കൊതിയിൽ നിന്നുപോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പുളിച്ച പഴം കിട്ടി മേലോട്ടങ്ങനെ പോകും തോറും പുളിക്കുന്ന പഴം ധാരാളം ധാരാളം കിട്ടും തോറും ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് മുകളിലുള്ള പക്ഷിയെ ഒന്ന് നോക്കും ആ മുകളിലുള്ള പക്ഷിയെ നോക്കുമ്പോഴൊക്കെ ജുഷ്ടം യഥാ പശ്യതി അന്യം ഈശം അവിടേക്ക് നോക്കുമ്പോ ഈശ്വരൻ ഈശ്വരൻ എങ്ങനെ ഈ പക്ഷിക്ക് ദൃശ്യനാവുന്നു ലോകത്തിൽ എങ്ങനെ ദൃശ്യനാവും നമുക്കൊക്കെ സുഖ ദുഃഖങ്ങളുടെ ഈ പഴം തിന്നല് ഈശ്വരനെ നിന്ന് വിട്ടുമാറി വന്നത് ഈ പഴം തിന്നാനുള്ള കൊതിയിലാണ് ആദാമോവയുടെ കഥയൊക്കെ ഈ ഉപനിഷത് കഥയുടെ ഒരു വികൃതമായ മറ്റൊരു രൂപമാണ് ഉപനിഷത്ത് മനോഹരമായി പറഞ്ഞ് ഈ പക്ഷിയുടെ കഥയാണ് ഈ പഴംതിന്നല് അവര് ഇങ്ങനെ ഒരു കഥയാക്കി മാറ്റിയത് അപ്പോ ഈ പഴം നമുക്ക് സുഖം അനുഭവിക്കുമ്പോ മറന്നുപോകും ദുഃഖം അനുഭവിക്കുമ്പോ കുറെ അധികം ദുഃഖം അനുഭവിച്ചാൽ നമ്മളിങ്ങനെ നോക്കും ജുഷ്ടം യഥാ പശ്യതി അന്യം ഈശം എവിടെ കാണും ഈശനെ പുറമേക്ക് ദൃഷ്ടിയോടുകൂടി ഇരിക്കുന്ന ആള് എങ്ങനെ കാണും എന്ന് വെച്ചാൽ അർജുനൻ ഇതാ അവിടെ കാണുന്നു കരഞ്ഞ് വിഷാദമഗ്നനായിട്ട് ഇരിക്കുമ്പോ യുദ്ധകളത്തിൽ ഇതാ തൊൻ്റെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പ്രശാന്തമായിട്ട് തുഷാരകര ബിംബാച്ഛം മരണ ഉത്സവ യുദ്ധേഷു സ ശാന്ത മരണം നടക്കുമ്പോഴും യുദ്ധം നടക്കുമ്പോഴും ഉത്സവം നടക്കുമ്പോഴുമൊക്കെ ശരത്കാല ചന്ദ്രിക പോലെ പൂർണ്ണചന്ദ്രിക പോലെ പ്രസന്നമായ മനസ്സോടുകൂടെ കുളിർമയേകുന്ന മനസ്സോടുകൂടെ ശാന്തഗംഭീരനായിട്ട് ഇരിക്കുന്നത് കാണും അപ്പൊ എന്താ തന്റെ ലക്ഷ്യസ്ഥാനം ഒന്ന് കണ്ടു ഐ ഞാൻ എത്ര ചുവട്ടിൽ വന്നിരിക്കുന്നു സുഖ ദുഃഖങ്ങൾ കൊണ്ട് ബാധിക്കപ്പെട്ടുകൊണ്ട് എത്ര ചുവട്ടിൽ കിടക്കണു അവിടെ ഗംഭീരം ആയിട്ടുള്ള ശാന്തി നമ്മളെങ്ങനെ കാണും നമ്മള് ജ്ഞാനികളെ കാണും ശരീരബോധം ഉള്ളത്തോളം ആത്മാവിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ പക്ഷിയെ കാണാന്ന് വെച്ചാൽ എന്താ ആ പക്ഷിയെ കണ്ടിട്ടുള്ളവർ ആത്മാവിനെ കണ്ടിട്ടുള്ളവരായ ജ്ഞാനികളും ആത്മാ തന്നെയാണ് ഉം അവര് ബ്രഹ്മസ്വരൂപികൾ തന്നെയാണ് അപ്പൊ നമ്മൾ ദുഃഖിക്കുമ്പോ ബ്രഹ്മസ്വരൂപികളായ മഹാത്മാക്കളെ കാണും ഈ പക്ഷി എന്ത് ചെയ്തു ഇങ്ങനെ മുകളിലുള്ള പക്ഷിയുടെ അടുത്തേക്ക് എടുത്തേക്ക് എടുത്തേക്ക് നീങ്ങി അവസാനം എന്തായി ആ പക്ഷിയുടെ അടുത്ത് വരുമ്പോ അതിന്റെ പ്രകാശം ഇതിന്റെ മേലെ വീശിത്തുടങ്ങി അപ്പൊ എന്താ ഇതിന്റെ കറുത്ത നിറമൊക്കെ പതുക്കെ പതുക്കെ വിട്ടുപോയി കുറച്ചു കുറച്ചു വെളിച്ചം വന്നു തുടങ്ങി ഈ പക്ഷിയുടെ ഇരുട്ട് നീങ്ങിത്തുടങ്ങി വെളിച്ചം വന്നു തുടങ്ങി ആ പക്ഷിയുടെ അടുത്തേക്ക് അടുത്ത് അടുത്ത് അടുത്ത് ഇനി പഴം നിന്നലൊക്കെ നിർത്തി ആ പക്ഷിയുടെ അടുത്ത് ചെന്ന് ആ പക്ഷിയിൽ ഐക്യം പ്രാപിച്ചു ആ പക്ഷി വേറെയല്ല ഞാൻ വേറെയല്ല എന്ന് രണ്ടു ഒന്നാണോ എന്നുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത് ഇതേപോലെയാണ് ജീവനും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നിടത്തോളം തന്റെ സ്വസ്വരൂപത്തിന്ന് വിട്ടു നിൽക്കും സുഖ ദുഃഖങ്ങൾ പഴവും വേണ്ട എന്ന് വെച്ചു തുടങ്ങുമ്പോ എന്താ രണ്ടിനും അപ്പുറവുള്ള സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമായ വസ്തു ഉള്ളില് തെളിഞ്ഞു പ്രകാശിച്ചു തുടങ്ങുന്നു അപ്പൊ സ്വർണവർണം ജുഷ്ടം യഥാ പശ്യതി അന്യമീശം തസ്യ മഹിമാനം ഇത് വീതശോക എന്നാണ് അവന്റെ മഹിമയാണെന്ന് കണ്ട് ശോകം വിട്ടുപോകുന്നു യഥാശ്യ പശ്യത്തെ രുക്മവർ കർത്തം ഈശം പുരുഷം ബ്രഹ്മയോനിം തദ്ദേ പാപവും വിട്ടുപോയി പരമം സാമ്യം ഉപൈതി പരമമായ സമഭാവത്തിന് ്രഹ്മസ്വരൂപത്തിനെ നേടുന്നു ഇവിടെ തന്നെ ശരീരത്തിലുള്ളപ്പോ തന്നെ ആട്ടെ അപ്പോ നമ്മളുടെ വിഷയം എന്താ ഈ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ വിവേകാനന്ദ സ്വാമികളുടെ ഒരു സന്ദേശമാണ് ഓരോ ജീവനും ദിവ്യമാണ് ഇപ്പൊ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന് പറഞ്ഞത് ഉം അതിന്റെ അകത്ത് ഈ ദിവ്യത്വം ഒളിഞ്ഞുകിടക്കുന്നു പുറമേക്ക് എന്തൊക്കെ തന്നെ ആവട്ടെ ഉം അത് പത്മനാഭസ്വാമി ഇത്രകാലം കറുത്ത കല്ലാണെന്ന് ധരിച്ചിരുന്നു എവിടെയോ വരച്ചു തുടങ്ങിയപ്പോ സ്വർണം ഉള്ളെന്ന് മിന്നിത്തുടങ്ങി അല്ലേ അതുപോലെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഭഗവാൻ അത് പുറമേക്ക് എങ്ങനെ പ്രകാശിക്കണം അത്രയേ ഉള്ളൂ പ്രകാശിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാലം ഉണ്ടാവും വിനോബാബാവെ അദ്ദേഹത്തിന്റെ ഗീതാ പ്രഭാഷണത്തിൽ പറയുന്നു എല്ലാവരിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയുമ്പോ കാണാൻ വശമാണ് അതുകൊണ്ട് ആദ്യം രാമനിൽ കാണൂ കൃഷ്ണനിൽ കാണൂ എന്ന് പറയുന്നു പക്ഷേ അവസാനം രാവണനിലും കാണണം എന്നാണ് വിനോദാവയുടെ ഗീതാപ്രഭാഷണം അവസാനം ആരതിന് ഉദാഹരണം രാമൻ കണ്ടു ഈ രാവണനെ കൊന്ന രാമൻ വാൽമീകി രാമായണത്തിൽ അവസാനം വിഭീഷണൻ പറയുന്നു രാവണന് ഞാൻ ശ്രാദ്ധമൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു പരമദുഷ്ടൻ ഏട്ടനായാലും ശരി ഞാൻ ശ്രാദ്ധം ചെയ്യില്ല അപ്പോ ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് പറയുന്നു യാൾ എങ്ങനെ സഹോദരനാണോ അതുപോലെ എനിക്കും സഹോദരനാണോ എന്നാണ് താൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും പിന്നെ എന്തിനു കൊന്നു അയാളുടെ ദുഷ്ടതയ്ക്ക് വേണ്ടി ഇപ്പൊ ഇപ്പൊ കൊല്ലണമയാൾ അത് ശാരീരികമായി ചെയ്ത ഒരു കർമ്മം പക്ഷെ മനസ്സിൽ അയാളോട് ഒരു വെറുപ്പോ ദ്വേഷമോ അയാളോട് ശത്രുതയോ ഒന്നുമില്ല അയാളുടെ ചത്തതോടുകൂടി അതൊക്കെ കഴിഞ്ഞു എന്തിനു പറയുന്നു വിഭീഷണ ശരണാഗതി ഘട്ടത്തിൽ പോലും ഭഗവാൻ പറയുന്നുണ്ട് വിഭീഷണനെ വേണോ ചേർക്കണോ വേണ്ടയോ എന്നൊക്കെ ചർച്ച കുറെ നേരത്തേക്ക് ആ ചർച്ചയൊക്കെ കഴിഞ്ഞ് പലർക്കും പല അഭിപ്രായം വിഭീഷണനെ ചേർക്കണം എന്ന് കുറെ വാനോരന്മാർ പറയും ചേർക്കാൻ പാടില്ല എന്ന് പറയും ചിലര് നല്ലവണ്ണും ചോദ്യം ചെയ്തിട്ട് ചേർക്കാം എന്ന് പറയും ഒരാൾ പറയും ചേർത്തിട്ട പിന്നാലെ ഒരു ചാരനെ നിയോഗിക്കണം എന്ന് പറയും സുഗ്രീവനെ വിളിച്ചു ചോദിച്ചു ഭഗവാൻ വിഭീഷണനെ ചേർക്കണോ വേണ്ടയോ സുഗ്രീവൻ പറഞ്ഞു പാടില്ല ഇയാളെ ഒരു കാരണവശാലും നമ്മളുടെ കൂടെ ചേർക്കാൻ പാടില്ല എന്താ സുഗ്രീവ അപ്പ കണ്ട അങ്ങനെ നിഷേധിക്കണത് അല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാനെ ഇത്രയും കാലം രാവണന്റെ സഹോദരനായി കൂടെ വസിച്ച ആളാണ് യുദ്ധ ഭൂമിയിൽ രാവണം തോൽക്കും എന്ന് കാണുമ്പോ സ്വന്തം സഹോദരനെ തന്നെ വിട്ടിട്ട് അങ്ങയുടെ അടുത്ത് വരുന്ന ആളെ എങ്ങനെ സ്വീകരിക്കും എന്ന് ചോദിച്ചു സുഗ്രീവൻ അപ്പൊ ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു അത്ര വാൽമീകയുടെ ഗാംഭീര്യം നമുക്ക് ആ കവിത്വോടെ കാണാം ഒന്നും വേറൊന്നും പറയാതെ ഈഷത് ഉസ്മയമാനഹ ലക്ഷ്മണൻ പ്രതി ലക്ഷ്മണനെ നോക്കി ചിരിച്ചു ഇറ്റ് സ്പീക്സ് വോൾയൂംസ് എന്താന്ന് വെച്ചാൽ സുഗ്രീവനും ചെയ്തത് ഇത് തന്നെയാണ് താൻ ചെയ് ആളുകൾ ലോകത്തിൽ അവരവര് ചെയ്യുന്ന തെറ്റുകളൊക്കെ മറന്നുപോകും മറ്റുള്ളവരുടെ മേലെ പെട്ടെന്ന് അങ്ങോട്ട് ആരോപിച്ചു അപ്പോ താനും തന്റെ ഏട്ടനെ കൊല്ലിപ്പിച്ചതാ അല്ലേ വിളിച്ച് അതൊക്കെ മറന്നു കളഞ്ഞിട്ടാ പറയണത് ഇതാ സ്വന്തം സഹോദരനെ ഒറ്റക്കൊടുത്ത ആള് വിഭീഷണനെ ആ ചിരി കേട്ടിട്ടപ്പോ സുഗ്രീവൻ അങ്ങനെ ചൂളിപ്പോയി ആ ചിരിയിൽ തന്നെ മനസ്സിലാക്കി എന്നിട്ട് സുഗ്രീവനോട് ഭഗവാൻ പറയണ ഒരു ശ്ലോകമുണ്ട് ി ഭരതോപമാദ്വിതാവാത്രാഹ സുഹൃദി എല്ലാ സഹോദരന്മാരും എന്റെ ഭരതനെ പോലെ ഉണ്ടാവില്ല തലയിൽ കെട്ടിവെച്ച രാജ്യം വേണ്ടെന്ന് പറഞ്ഞു വൈരാഗ്യ ചക്രവർത്തിയായിരിക്കുന്ന ഒരാളെനിക്ക് കിട്ടില്ല അതും പോരാതെ ശ്രീരാമചന്ദ്രൻ ഒരു സ്വഭാവം ഉണ്ട് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞോളൂ അത് അഹങ്കാരത്തിന്റെ പറയലല്ല ശരിക്കുള്ള വിലയിരുത്തലാണ് അപ്പൊ ഭഗവാൻ പറയണു എന്നെ പോലെ ഇനി ഒരു പുത്രനും ഉണ്ടാവില്ല എന്നാണ് അപ്പൊ സുഗ്രീവൻ ഒരു വിഷമം തോന്നില്ലേ സുഗ്രീവനോട് പറഞ്ഞു തന്നെ പോലെ ഒരു സഹാവുണ്ടാവില്ല അട്ടെ അപ്പോ അവിടെ വെച്ച് പറയണു വിഭീഷണനു പകരം രാവണനാണ് അവിടെ നിൽക്കുന്നതെങ്കിലും സംശയിക്കേണ്ട കൂട്ടിക്കൊണ്ടു വരും ഞാൻ അഭയം കൊടുക്കാം വിഭീഷണോ വാ സുഗ്രീവ ഞാൻ അഭയം കൊടുക്കാം കൂട്ടിക്കൊണ്ടുവരുമെന്ന് എങ്ങനെ പറയണു എന്ത് ധൈര്യം എല്ലാവരുടെ ഉള്ളിലും ഈ ദിവ്യത്വം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അത് എപ്പ ആവിർഭവിക്കുന്നു പറയാൻ വയ്യ മമൈവ അംശോ ജീവഭൂ ലോകേ ജീവഭൂത സനാതനഹ എന്നത് നമ്മൾ സ്വീകരിച്ചാൽ ഇത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കാണും എല്ലാരോടും നമുക്ക് വേണമെങ്കിൽ വിശ്വാസം അർപ്പിക്കാം നമ്മള് ഈ അധ്യാത്മത അത് അതുകൊണ്ട് അധ്യാത്മികത ഭാരതത്തിൽ മാത്രമേ ഉള്ളൂന്നോ അല്ലെങ്കിൽ ചില സ്ഥലം പറയാനേ പറ്റൂല ഏത് നാട്ടിൽ എവിടെ വേണമെങ്കിൽ കാരണം എന്താ എവിടെയും ജീവനുണ്ട് ജീവൻ എവിടെ വേണ്ടോ അവിടെ ഈശ്വര അംശമാണത് ഈയിടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം പീസ് ഫുൾ എന്ന് പറഞ്ഞ പുസ്തകം ഒരു അമ്മയെ കുറിച്ച് ഒരു സ്ത്രീ അവര് അമേരിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലോ മരിച്ചു വലിയൊരു മഹതിയായ ഒരു സ്ത്രീ ജ്ഞാനിയാണ് ചെറിയ ചെറുപ്പകാലത്ത് തന്നെ ആത്മസാക്ഷാത്കാരം നേടിയവരാണ് അമേരിക്കയിലെ ഏതോ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസും അവർക്ക് ആ കാര്യമായിട്ട് അവിടെ ഉള്ളപ്പോ തന്നെ അവര് ചെറുപ്പകാലത്ത് എങ്ങനെ ഒരു ജീവഭൂത സനാതന ജീവൻ ഉള്ളിൽ ദിവ്യമായത് എങ്ങനെ പലരിലും ആവിർഭവിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് അവിടെ വളർന്നിട്ടും അവർക്ക് വേദാന്തമോ ഇതോ ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ വേണമെങ്കിൽ കുറച്ച് പള്ളിയിൽ പോയാൽ ബൈബിള് വേണമെങ്കിൽ കുറച്ച് കേൾക്കാം അതിനും അവർക്ക് അങ്ങനെയുള്ള ഒരു റിലീജിയസ് സ്ഥലത്തും അല്ല അവര് ജനിച്ചത് ഗ്രാമപ്രദേശമാണ് അവിടെ ജനിച്ചു വളർന്നവര് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ചോദ്യവും ഉത്തരവും വിചാരങ്ങളിലൂടെ പതുക്കെ പതുക്കെ പതുക്കെ അഖണ്ഡമായ ചൈതന്യമാണ് സത്യവസ്തു നോക്കണം ഇതൊക്കെയാണ് വേദാന്തത്തിന്റെ സത്യത്വ നിരൂപണം നമ്മള് ബാക്കിയുള്ളതൊക്കെ നമ്മള് ശിവൻ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ഗണപതി അല്ലെങ്കിൽ യേശു ക്രിസ്തു അള്ള എന്നൊക്കെ പേര് പറയണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തൊരു ട്രെയിനിങ്ങിൽ കൊണ്ടുവരണം പക്ഷെ ശുദ്ധമായ ചൈതന്യത്തിന് നമ്മള് കൊടുക്കുന്ന പേരല്ലേ ഈ അമ്മ അവരെ ഒന്നുമില്ലാതെ വളർന്ന സ്ഥലത്ത് തന്നെ ആലോചിച്ചും വിചാരം ചെയ്തും പതുക്കെ പ്രപഞ്ചത്തിന് ഒരു പരമ കാരണത്തിനെ ജീവിതത്തിന് എന്താണ് ഉദ്ദേശം എന്ന് കാരുണ്യം ഈ ദൈവീ ഗുണങ്ങളൊക്കെ ദൈവീ സമ്പത്തുകൾ അവരുടെ ഉള്ളിൽ ആവിർഭവിച്ച് അവർ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കണതൊക്കെ ഉപേക്ഷിച്ചു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ ജീവിതമൊക്കെ ഒരു തപസ്സാക്കി മാറ്റി പതുക്കെ പതുക്കെ അവരും പറഞ്ഞുകൊടുത്തിട്ടല്ല പിന്നെ ലോകത്തിന് ആരെയും ഹിംസിക്കരുത് എല്ലാവർക്കും വേണ്ടി ജീവിക്കണം എന്ന് കരുതി കുറച്ചു കാലം പല ഓർഗനൈസേഷനിലും പ്രവർത്തിച്ച് പ്രവർത്തിച്ചു പിന്നെ ആ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇവര് നടക്കാൻ തുടങ്ങി അതായിരുന്നു അവരുടെ ഒരു മുഖ്യ തപസ് താൻ കണ്ടെത്തേണ്ട സത്യം കണ്ടെത്തിയിട്ടോ ഉള്ളില് നിറഞ്ഞ് തുളുമ്പുന്ന ശാന്തിയോടുകൂടെ അവർ നടന്നു തുടങ്ങി ലോകത്തിലെ താൻ കാണുന്നവരോടൊക്കെ ഈ ശാന്തിയുടെ സന്ദേശവുമായി ഏകദേശം ഇരുപത്തി അയ്യായിരം മൈലുകളോളം ദൂരം നടന്നു അതിലും കൂടുതൽ നടന്നു ഇരുപത്തി അയ്യായിരം മൈൽ കണക്കിട്ടും ബാക്കിയുള്ളത് കണക്കിട്ടല്ല ഇരുപത്തി അയ്യായിരം മൈൽ എങ്ങനെയാ നടന്നതെന്ന് വെച്ചാൽ ഒരു ബാഗില്ലാതെ കയ്യില് പണമില്ലാതെ പാക്കറ്റിലെ ഒരു ടൂത്ത് ബ്രഷും ഇവിടെയൊക്കെ കുറെ ഒരു ബാഗ് മാതിരി ബാഗ് ഇത് തന്നെ വെച്ചിട്ട് അടുത്ത നേരത്തേക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അവരിപ്പ അവരുടെ വ്രതം എന്താന്ന് വെച്ചാൽ ഐ വിൽ വാക്ക് ടിൽ ഐ ആം ഗിവൺ ഷെൽട്ടർ ഐ വിൽ ഫാസ്റ്റ് ടില് ഐ ആം ഗിവൺ ഫുഡ് സന്യാസമാണ് നമ്മളിപ്പോ സന്യാസം നോക്കും നമ്മളുടെയൊക്കെ സന്യാസവും സാധൂർത്തിയും പരമസുഖമാണിപ്പോ ഇവിടെ എല്ലാറ്റിനെയും കാണും സുഖമാണ് അത് ആരും വരുത്തി വെച്ചതല്ല അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത് സമൂഹ നിയമം തന്നെ പക്ഷെ നോക്കണം യഥാർത്ഥ സന്യാസ വൃത്തിയാണ് ജീവിതം മുഴുവൻ ഉള്ള നടത്തം ആ നടത്തവും ഒന്നിനെയും ആശ്രയിക്കാതെ പലപ്പോഴും ബ്രിഡ്ജിന്റെ ചുവട്ട് കിടക്കും അവർ പറയുന്നു നിങ്ങൾക്ക് ആഹാരം തരും ആളുകൾ നോക്കും എന്താ ഉറപ്പ് അപ്പൊ അവർ അവരുടെ ഉത്തരം ഓരോ ശരീരത്തിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് നല്ല ഉറപ്പുണ്ട് നമുക്ക് ആ ട്രസ്റ്റ് ആ വിശ്വാസത്തോടു കൂടെ അദ്ദേഹത്തിനെ ഉണർത്താമെങ്കിൽ ആരും നമ്മളെ നോക്കും ആ ഉണർത്താനുള്ള ഒരു വിശ്വാസ ഭക്തി നമുക്ക് തപസ് വേണം ഉള്ളൂ ആ വിശ്വാസത്തോടുകൂടി അവരുടെ അനുഭവങ്ങൾ പലതും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരും നല്ല തണുപ്പ് കിടക്കാൻ ഒരു സ്ഥലം ചിലപ്പോ ബ്രിഡ്ജിന്റെ ചോട്ട് കിടക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കിടക്കാൻ വൈക്കോല്കൂനെയാണ് നോക്കണം ചെറുപ്പക്കാരിയായ പെൺകുട്ടിയായുള്ളപ്പോ നടക്കാൻ തുടങ്ങിയതാണ് വൃദ്ധയാവുന്നവരെ നടന്നു അവര് പത്ത് നാല്പത് വർഷം അമ്പത് വർഷത്തോളം നടന്നു ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി അവരോട് പലരും ചോദിച്ചു നിങ്ങൾ യേശു ക്രിസ്തുവാണോ അവതാരമാണോ എന്നൊക്കെ ചോദിച്ചു അവര് പറഞ്ഞു എല്ലാവരുടെ ഉള്ളിലും അവതാരമുണ്ട് എല്ലാവരുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിനെ മനസ്സിലാക്കണം അപ്പൊ ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ക്രിസ്തു ദൈവദൂതനല്ലേ അദ്ദേഹം തന്റെ ഉള്ളിലുള്ള സത്യത്തിനെ കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹം ദൈവദൂതൻ ഇത്രയും എന്താ പറയാ ഓപ്പൺ ആയിട്ടുള്ള ടീച്ചിങ് ആയിരുന്നു വേദാന്തം തന്നെയായിരുന്നു അവരിങ്ങനെ നടന്ന് ഒരിക്കൽ അവർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല അപ്പൊ ഒരു കാർ ഡ്രൈവർ ഒരു കാറ് നിൽക്കണു ആ ഡ്രൈവർ പറഞ്ഞുതരാ ഞാൻ കാറ് തുറന്നു തരാം കടന്നുകൊള്ളാം ഇതിനകത്ത് കടന്നുകൊള്ളുന്നു ആ ഡ്രൈവറോട് താങ്ക്സ് പറഞ്ഞിട്ട് അതിനകത്ത് കയറി സുഖമായി ചുരുണ്ടുകൂടി കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ആ ഡ്രൈവറ് ഇവരെ വീണ് നമസ്കരിക്കാം നമസ്കരിച്ചുകൊണ്ട് ഈ അമ്മയോട് പറയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ സാധാരണ മനുഷ്യനെ അല്ല ഞാൻ നിങ്ങളെ കാറിനകത്ത് കിടക്കാൻ പറഞ്ഞപ്പോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് പക്ഷെ രാത്രി മുഴുവൻ എനിക്ക് കാറിനെ സമീപിക്കാനേ പറ്റിയില്ലേ അടുത്തു വരാനേ അപ്പൊ അവര് പറഞ്ഞു എന്റെ അടുത്ത് സിദ്ധിയും തപസ്സും വലിയ ശക്തികൾ ഒന്നുമില്ല അങ് ഈശ്വരനാണ് അങ്ങയുടെ ഉള്ളിൽ ആ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തോടുകൂടെ ഒരു അച്ഛന്റെയോ അമ്മയുടെയോ മടിയിൽ കയറി കിടക്കുന്ന കുട്ടിയുടെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഇതിനകത്ത് കയറി കിടന്നു അത്രയേ ഉള്ളൂ ആ ആ വിശ്വാസത്തിന്റെ ശക്തിയാണ് പ്രവർത്തിച്ചത് അപ്പോ മമൈവ അംശോ ജീവഭൂത സനാതനഹാം എന്ന ശ്ലോകത്തിന്റെ പ്രായോഗിക എന്താ ക്ഷണ്ട കൂടാതിരിക്ക രാഗദ്വേഷം ഉണ്ടാവാതിരിക്കാം പരസ്പരം അസൂയ ഉണ്ടാവാതിരിക്കാം ആർക്ക് കൊടുക്കുകയാണെങ്കിലും തനിക്കാണോ കൊടുക്കണതെന്ന് തോന്നുക ഉം അപ്പൊ സത്യം പ്രചരിപ്പിച്ചാൽ സോഷ്യലിസമോ അല്ലെങ്കിൽ ലോകം നന്നാക്കലോ എന്ത് ബുദ്ധിമുട്ട് നമ്മൾ ഓരോരുത്തരുമാണ് ലോകമേ നമ്മളുടെ ഉള്ളിൽ ഈ സന്ദേശം വലുതായിട്ട് പ്രചരിപ്പിക്കാനും ഒക്കെ പോയാൽ ൈസേഷൻ ഉണ്ടാക്കി മമൈ വംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന ശ്ലോകത്തിന്റെ അർത്ഥം പ്രാക്ടിക്കൽ ആക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കുഴപ്പമാവും നമ്മൾ ഓരോരുത്തരുമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് കഴിയുമെങ്കിൽ ജീവിതം മുഴുവൻ ഇതിനൊരു തപസ്സം വിവേകാനന്ദ പറയുന്നുണ്ട് ഇതിനൊരു ഫൈറ്റാണ് നമ്മൾ നമ്മളോട് തന്നെ ഈ സത്യം സാക്ഷാത്കരിക്കാനായിട്ട് ഓരോരോ സമയവും നമ്മൾ ഇങ്ങനെ പിടിക്കും പിടിക്കുമ്പോഴൊക്കെ ഈശ്വരൻ കഴുത്തിൽ കൈവെച്ച് ഈ കൈ പിടിപിടി വിപ്പിക്കും പതുക്കെ അദ്ദേഹം നമ്മളെ കൊണ്ട് നിസ്വാർത്ഥത പഠിപ്പിക്കും ഈ നിസ്വാർത്ഥത നമ്മൾ എപ്പോഴും സ്വാർത്ഥത എങ്ങനെ സാധിക്കണം എന്നാണ് ഒരേ ചോദ്യം അധ്യാത്മികത്തിലേക്ക് തിരിയുമ്പോ ഒരേ ചോദ്യം എന്താ എങ്ങനെ നിസ്വാർത്ഥത സാധിച്ചെടുക്കാം സ്വാർത്ഥത സാധിക്കാൻ വിഷമമേ ഇല്ല കുട്ടിക്കാലം മുതൽ അതാണ് എനിക്ക് വേണം എന്റെ കളിപ്പാട്ടം തൊട്ട അന്ന് മുതൽ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടേ അല്ലേ ആ സ്വാർത്ഥത സാധിക്കാം പക്ഷെ നിസ്വാർത്ഥത എന്ന് വരുമ്പോ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങള് അപ്പൊ കാണാം നമ്മൾ എത്ര ദുർബലരാണ് അല്ലെ ഒന്ന് ശ്രമിച്ചു നോക്ക നിസ്വാർത്ഥതയ്ക്ക് വരുമ്പോ എല്ലാവിധത്തിലും നമ്മളുടെ ഉള്ളിൽ നിന്ന് റെസിസ്റ്റൻസ് മറ്റുള്ളവരിൽ നിന്ന് റെസിസ്റ്റൻസ് നമ്മളുടെ സമൂഹ നിയമം പോലും അതിനെ സമ്മതിക്കില്ല ഈ അമ്മ ഇത്ര നിസ്വാർത്ഥിയായി കയ്യിൽ ഒരു പണമില്ല അവർക്ക് ആരുടെ അടുത്തൊന്നും ഒന്നും ആവാനില്ല അങ്ങനെ നടന്നവരെ എത്ര പേർ ആവശ്യം പിടിച്ച് ജയിലിൽ ഇട്ട് കുറയോ അവര് ചായ പ്രവർത്തി ചെയ്യാവുന്നതാണെന്നും മറ്റും ഒക്കെ പറഞ്ഞ് അതെ അവർക്ക് ജയിലിൽ പോയാൽ അവിടെ സന്തോഷം അവിടെ ഉള്ളവരോടും ഇതൊക്കെ പറഞ്ഞ് സന്തോഷമായി ജീവിത അവസാനം വരെ നടന്നു ആരെങ്കിലും പണം കൊടുത്താലും നിർബന്ധിച്ചു കൊടുത്താൽ അതൊക്കെ അവര് കത്തുകൾ എഴുതാനും മറ്റുള്ളവർക്ക് പുസ്തകങ്ങളായി പാമ്പ്ലറ്റായിട്ട് അടിച്ചുകൊടുക്കാനും അതിനൊക്കെ ഉപയോഗിക്കും ഈ തന്റെ സന്ദേശം അപ്പോ ഇത്തരത്തിലൊരു ജീവിതം ഏറ്റവും നല്ല തെളിവാണ് ഈ വേദാന്തം എന്ന് പറയുന്നത് ആരും കണ്ടുപിടിച്ച് സൃഷ്ടിയുടെ അടിത്തട്ടിലുള്ള രഹസ്യമാണത് ജീവൻ ദിവ്യമാണ് അതെങ്ങനെ തെളിയും എന്ന് വെച്ചാൽ റിലീജിയൻ മതം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ഉണ്ടാക്കാതെ കുറെ ആളുകളെ നിങ്ങൾ ഏതെങ്കിലും ഐലൻഡിൽ കൊണ്ടുപോയി വളർത്തിയാലും അവിടെയും കുറച്ചു കാലം ജീവിച്ചു കഴിയുമ്പോൾ അതിലൊന്നു രണ്ട് ജ്ഞാനികളുണ്ടാവും ഒരു പുസ്തകം കടത്തരുത് എവിടെ ഭഗവത്ഗീത ഉപനിഷത്ത് ബൈബിള് ഖുറാൻ ഒന്നും കൊടുക്കാൻ പാടില്ല അവിടെ ജ്ഞാനം എവിടെ വന്നു അന്തരാത്മാ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറത്ത് ചിലപ്പോ അവര് പറയുന്ന ഭാഷയൊക്കെ പുതിയ രീതിയിലായിരിക്കും ഒരു പള്ളിയിലെ പാതിരി അദ്ദേഹത്തിന്റെ ചുവട്ടിലുള്ള ഇടവകകളൊക്കെ പരീക്ഷിക്കാൻ പുറപ്പെട്ടു പരീക്ഷിക്കാൻ പുറപ്പെട്ടപ്പോ എവിടെയൊക്കെയാണ് പള്ളിയിൽ ചില നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് ബൈബിള് ചൊല്ലണം അതിനനുസരിച്ച് പ്രാർത്ഥനകൾ നടത്തണം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണുണ്ടോ എന്ന് പരീക്ഷിക്കാനായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ ചൊല്ലുമ്പോ ഇതുവരെ മനുഷ്യർ കാര്യമായി സമ്പർക്കമില്ലാത്ത ഒരു ദ്വീപ് ആ ദ്വീപിലും അദ്ദേഹം ചെന്നു ബോട്ടിലാണ് ചെന്നത് അവിടെ ചെന്നപ്പോ ഒക്കെ പ്രാകൃത മനുഷ്യർ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾ എന്ത് പ്രാർത്ഥനയാ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവരെന്തോ ഒരു അർത്ഥമില്ലാത്ത പ്രാകൃതമായ എന്തോ ഒരു പ്രാർത്ഥന എന്തോ ഗോഡ് ഗോഡ് ഗോഡ് എന്തോ പറഞ്ഞു ഈ പാതിരിക്ക അയ്യയ്യെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച സ്വർഗരാജ്യത്തിൽ എങ്ങനെയെത്തും പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യാതെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരായി ഇതൊക്കെ അയ്യോ ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് സാധുക്കളും ഞങ്ങളുടെ നാട്ടില് അവരുടെ സാധുക്കളെ അവരുടെ ഇടയിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സാധുക്കൾ മൂന്നുപേരുമുണ്ട് അവരാണ് ഞങ്ങൾക്ക് ഈശ്വരനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരിക ഞങ്ങൾ അവരെയാണ് ആശ്രയിക്കാറ് ഈ പാതിരി ഗംഭീരമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ അധികാര ചിഹ്നം സ്വർണത്തിന്റെ ഇതും ഒക്കെ ഉണ്ട് എല്ലാമായിട്ട് പോയപ്പോ മൂന്നുപേര് പാവങ്ങള് കീറച്ചാക്കുന്നുണ്ട് അവര് ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ പേടിച്ചുപോയി അവര് പറഞ്ഞു അയ്യോ വരൂ വരൂ വരൂ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തി ഓച്ചാനിച്ചത് അവർക്ക് ഒരുപാട് വയസ്സായിരിക്കണം അവർക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ അവർക്ക് ഓർമ്മയില്ല പാവം അതൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് പ്രാർത്ഥനയാ ചെയ്യുന്നതോ ചോദിച്ചാൽ അപ്പൊ അവരെന്തോ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതിന്റെ ഒരു രൂപം അവരും പറഞ്ഞു അപ്പൊ പാതിരി പറഞ്ഞു ഇങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചാ ശരിയാവില്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ലാ ഒരു കൊച്ചു പുസ്തകം കൊടുത്തു അവര് പറഞ്ഞു ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല എന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ അച്ഛനു പാവം സിൻസിയറാണ് അച്ഛനും അപ്പൊ ആ കൊച്ചു പുസ്തകത്തിലെ പ്രാർത്ഥനകള് ഇവർക്ക് ഓരോന്നായി ചൊല്ലിക്കൊടുത്ത് രണ്ട് ലൈൻ ചൊല്ലിക്കൊടുത്ത് അടുത്ത രണ്ട് ലൈൻ ചൊല്ലിക്കൊടുക്കുമ്പോഴേക്ക് ആദ്യത്തെ രണ്ട് ലൈൻ അവര് മറക്കും ഇവരെങ്ങനെ പഠിപ്പിക്കും ഒരുവിധം ഈ നാല് ലൈൻ പഠിപ്പിച്ച് കയറ്റി പിന്നീടുള്ള രണ്ട് ലൈൻ പഠിപ്പിക്കുമ്പോഴേക്ക് ആദ്യത്തെ നാല് ലൈൻ മറക്കും അവസാനം പാതിരി തീരുമാനിച്ചു ഇനി മേലാൽ ഇവരൊരു പുസ്തകം പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പാരഗ്രാഫ് പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കൺ വേണമല്ലോ സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് അപ്പോ ഒരു പാരഗ്രാഫെങ്കിലും പഠിപ്പിക്കാം തീരുമാനിച്ചു അങ്ങനെ ഒരു പാരഗ്രാഫ് പ്രാർത്ഥന പഠിപ്പിച്ചു അതും പറ്റണില്ല ഇവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു അവസാനം ഇവർക്ക് ഒരു രണ്ടു മൂന്ന് ലൈനൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് അച്ഛൻ പുറപ്പെടുമ്പോഴേക്കും പിന്നാലെ വന്ന് നമസ്കരിക്കും അച്ഛൻ മറന്നുപോയി ഒരിക്കൽ കൂടെ ഇവർക്ക് എഴുതാനും അറിയില്ലല്ലോ അവസാനം ഒരുവിധം പഠിപ്പിച്ച് ഇവരെയൊക്കെ ഒന്ന് ചൊല്ലിപ്പിച്ച് കാതിരി ബോട്ടിൽ കയറി ബോട്ടിൽ കയറി സന്ധ്യാസമയം സമുദ്രത്തിൽ ഇങ്ങനെ പോവാണ് പോവുമ്പോ കുറച്ചു ദൂരം പോയപ്പോ ഒരു പ്രകാശം ആ പ്രകാശത്തിൽ മൂന്ന് രൂപം നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കിയപ്പോ ഈ മൂന്ന് ചാക്കുടുത്ത സന്യാസിമാർ സമുദ്രത്തിന്റെ മേലെ കൂടെ ഓടി വരികയാണ് അച്ചോ ഞങ്ങൾ മറന്നുപോയി ഒന്നുകൂടെ പഠിപ്പിച്ചു തരുമോ അവര് സമുദ്രത്തെ അവർക്ക് അവര് മഹാസിദ്ധന്മാരായിരുന്നു പക്ഷെ അവർക്ക് സിദ്ധികളോ ഇതൊന്നും അവർക്കും അറിയില്ല പക്ഷെ അവര് അച്ഛൻ ഞങ്ങൾ മറന്നുപോയി ഒന്നുകൂടെ പഠിപ്പിച്ചു തരുമോന്ന് ചോദിച്ച് സമുദ്രത്തിന്റെ മേലെ കൂടെ ഓടി അസ്ത്രപ്രജ്ഞനായിട്ട് ഒന്നും പോയി അവര് നമസ്കരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനയും വേണ്ട ഒന്നും വേണ്ട അപ്പോ നോക്കണം എവിടെയൊക്കെ മനുഷ്യരാശി ഉണ്ടോ അവിടെയൊക്കെ ജീവൻ ഉണ്ടല്ലോ ആ ജീവൻ ഉണ്ടെങ്കിൽ അത് ദിവ്യമാണ് അതുകൊണ്ടാണ് ഒന്നും കണക്കിടാൻ പറ്റില്ല മനുഷ്യന്റെ ജന്മത്തിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് നമ്മൾ ജനറൽ റൂള് പറഞ്ഞാലും അതിന് എക്സെപ്ഷൻസും ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ പോലും അതിനും എക്സെപ്ഷൻസ് ഉണ്ട് ഭാഗവതത്തിൽ ഒരു ആനയുടെ കഥ ഉണ്ട് എത്രയോ പശുക്കൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ടു രാമായണത്തിൽ ജടായുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നു സർവത്ര ഖലു ദൃശ്യന് ശരണ് സൗമിത്രേ ഏ പക്ഷിമൃഗാദികളിൽ പോലും ഹേ ലക്ഷ്മണ മഹാത്മാക്കളെ കാണാൻ കിട്ടുന്നു കാരണമെന്താ മമൈവ അംശോ ജീവലോകെ ജീവഭൂതസനാതന അതുകൊണ്ടാണ് ജടായു മരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് േദം പഠിച്ചവർക്ക് എന്തൊരു സ്ഥാനമോ ആഹിതാഗ്നേശ്വഗതി അപരാവർത്തിനാം ഭൂമിപ്രദായം രാജ മഹാസം മയാത്വം സമനുജ്ഞാത ഗച്ഛലോകാൻ അനുത്തമാൻ ഹേ ഗൃദ്രരാജാവേ ജ്ഞാനിതാ ആജ്ഞ തരുന്നു ശ്രീരാമചന്ദ്രന്റെ ഉള്ളിലുള്ള ജീവഭൂത സനാതന ഈശ്വരത്വം പ്രകാശിപ്പിച്ചു പ്രകാശിച്ചു അവിടെ എന്താ ജഡായുവിന്റെ ആ പക്വത കണ്ട് ഭഗവാൻ പറയാണ് പക്ഷികൾക്ക് കിട്ടാൻ യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിതാ ആജ്ഞ തരുന്നു പോവുക എന്നാൽ ഊർധ്വലോകങ്ങളിലേക്ക് ഇനി ഈ ഭൂമിയിൽ വരാത്ത വിധത്തിലുള്ള ഉയർന്ന മണ്ഡലങ്ങളിൽ ചെന്ന് ജനിക്കും പോവാ അപ്പൊ എന്താ ജീവഭൂത സനാതനഹ മമൈവ അംശോ ജീവഭൂത സനാതന മനഃശഷ്ടാനിന്ദ്രിയാണ് പ്രകൃതിസ്ഥാനി കരുഷത്തി അപ്പോ ഈ ദിവ്യമായി ജീവചൈതന്യം ഓരോ ശരീരം സ്വീകരിക്കുമ്പോഴും ഒരു ശരീരം വിട്ടുപോകുമ്പോഴും ശരീരം യത് അവാപ്നോതി ശരീരം യത് ഉത്മാവതി അവാപ്നുനോതി എന്ന് വെച്ചാൽ സ്വീകരിക്കുമ്പോഴും കിട്ടുമ്പോ ശരീരം കിട്ടുമ്പോ ശരീരം വിട്ടുപോകുമ്പോ ഉത്ക്രമണം ചെയ്യുമ്പോഴും ഈ വാസനാമയമായ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ സൂക്ഷമാംശത്തോടു കൂടെ തന്നെ അടുത്ത ശരീരത്തിലേക്ക് കൊണ്ടുപോകും ശ്രോത്രം ചക്ഷുഹു സ്പർശനം രസനം ഘാണമേവച് അധിഷ്ഠായ അയം ജീവ മനസ് അധിഷ്ഠായ വിഷയാണ് ഉപസേവത്തെ ഈ ജീവൻ എങ്ങനെ വിഷയങ്ങളെ അനുഭവിക്കുന്നു മനസ്സിനെയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് അയം ജീവ വിഷയാണ് ഉപസേവത്തെ എന്ന് പറഞ്ഞു ആ ജീവനെ ആർക്ക് കാണാൻ സാധിക്കും ഓരോ ശരീരത്തിലും ഹൃദയഭാഗത്ത് ഹൃദയഗുഹയില് ഈ ജീവൻ ചലിക്കുന്നത് അന്തഃശ്ശരതി ഭൂതേഷു ഗുഹായാം ഹൃദയഗുഹയിൽ ഈ ജീവന്റെ ചലനത്തിനെ യോഗ ചക്ഷുസുള്ളവര് അന്തർദൃഷ്ടിയുള്ള യോഗികൾ കാണുന്നു ഉത്കരാമന്തം സ്ഥിതം വാ ഭുജാനം വാ ഗുണാൻവിതം വിമൂഢാഹാന അനുപശ്യന്തി മൂഢന്മാര് കാണുന്നില്ല മൂഢന്മാരെന്നു വെച്ചാൽ ദൃഷ്ടി മന്ദീഭവിച്ചു പോയിരിക്കുന്നവരെന്നർത്ഥം അവർക്ക് വളരെ കുറച്ചേ കാണാൻ സാധിക്കുകയുള്ളൂ വിമൂഢാഹ അനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ മൂടന്മാർക്ക് കാണാൻ വയ്യ ജ്ഞാനക്കണ്ണുള്ളവര് കാണുന്നു ജ്ഞാനക്കണ്ണുള്ളവര് സത്യത്തിനെ ദർശിക്കുന്നു ഓരോ ജീവന്റെയും അന്തരാത്മാവിനെ അവർ കാണുന്നു ജീവനെ കാണുന്നു അത് അതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് അറിയുന്നു അവർക്ക് അത് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അറിയുന്നു ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോലും അറിയാൻ കഴിയും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ മർമ്മം അതായത് അവരവരുടെ കാര്യത്തിൽ മാത്രമല്ല അവരവരുടെ ഉള്ളിൽ ഈ ജീവന്റെ ചലനം അല്പം യത്നം ചെയ്യുന്ന സിൻസിയറായ യോഗികൾക്ക് പോലും കാണാൻ കഴിയും പക്ഷെ മറ്റുള്ളവരിലും ഇതിന്റെ ചലനവും ഇതിന്റെ സ്ഥിതിയും മഹാത്മാക്കൾ ജ്ഞാനികളായിട്ടുള്ളവർക്ക് നല്ലവണ്ണം കാണാൻ സാധിക്കും അവരൊരിക്കലും അവർക്ക് ആ ദൃഷ്ടി നഷ്ടപ്പെടുകയേ ഇല്ല എപ്പോഴും ആ വസ്തുവിനെ അവര് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഹൃദയശുദ്ധി ഇല്ലാത്ത ആളുകൾ ഇന്ദ്രിയ നിഗ്രഹമില്ലാത്ത ആളുകൾ എത്ര യത്നം ചെയ്താലും ഈ ജീവനെ ഒന്നും പിടികിട്ടില്ല അവർക്ക് അവർക്ക് അന്തർമുഖതയില്ലാത്തത് കൊണ്ട് അന്തർമുഖമായിട്ടില്ലെങ്കിൽ ഈ ജീവനെ പിടികിട്ടില്ല ശരീരം കാണൂ എന്നല്ലാതെ അര ചോദിച്ചു ഉള്ളിൽ നോക്ക ഉള്ളിൽ നോക്ക പറഞ്ഞു സ്വാമി എങ്ങനെ ഉള്ളിൽ നോക്കും കണ്ണിനെ ഉള്ളിലേക്ക് തിരിക്കാൻ പറ്റുമോ വേറെ ചിലർ പറഞ്ഞു കണ്ണ് ഉള്ളിൽ നോക്കിയാൽ ഇരുട്ട് കാണുന്നു വേറെ ഒന്നും കാണാനില്ല അന്തർമുഖം എന്നുള്ളതേ പിടികിട്ടില്ല അല്ലെ ചിത്തശുദ്ധി ഇല്ലെങ്കിൽ അന്തർമുഖം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവില്ല ഉന്മുഖ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് വെച്ചാൽ എന്ത് മനസ്സിലാവും അതുകൊണ്ടാണ് അപാര കാരുണ്യം കൊണ്ട് നമ്മളെ ആ സ്ഥിതി വരെ പക്വപ്പെടുത്താനായി ആചാര്യന്മാർ ജപം ധ്യാനം പൂജ നാമസങ്കീർത്തനം ആഹാരശുദ്ധി തീർത്ഥയാത്രകൾ ദിവ്യക്ഷേത്രങ്ങളിലേക്ക് ചെല്ല മഹാത്മാക്കളുടെ സംഘം ഇതൊക്കെ വിധിച്ചിരിക്കുന്നത് അതിനാണ് ഏകദേശം ഈ യാത്രകളൊക്കെ ചെയ്ത് നമ്മളെ അറിയാതെ നമ്മൾ ശുദ്ധമാവും അങ്ങനെ ശുദ്ധമായി കഴിയുമ്പോ നമുക്ക് അന്തർമുഖത ഉണ്ടാവും അപ്പൊ പതുക്കെ ഉള്ളിൽ ദർശിച്ചു തുടങ്ങും നമ്മള് നമ്മളുടെ തന്നെ ഓരോ ചലനങ്ങളെയും നമ്മളെ കാണാനുള്ള സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാവും അതിനാണ് മുഖ്യമായിട്ട് നാമജപത്തിനെ പറയുന്നത് അനേക വിചാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു നാമത്തിൽ നിർത്തിശീലിക്കാണ് അന്തർമുഖമായ ദൃഷ്ടി ഉണ്ടാവണമെങ്കിൽ എളുപ്പമായ വഴിയാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി ഏതെങ്കിലും ഒരു ജപം ഒരു മന്ത്രം ആ മന്ത്രത്തിനെ നിരന്തരം ഉരുവിടുക മാനസികമായി ജപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഉറക്കെ ഉച്ചത്തിൽ ഉച്ചത്തിൽ ജപിക്കാം ഉച്ചത്തിൽ കുറേ കാലം ജപിച്ചാൽ ക്രമേണ ഉപാശുവായി ജപിക്കാൻ കഴിയും പിന്നീട് ക്രമേണ മനസ്സുകൊണ്ട് ജപിക്കാൻ കഴിയും അങ്ങനെ മനസ്സുകൊണ്ടുള്ള ജപം മനസ്സുകൊണ്ട് നിരന്തര ജപം പരിശീലിച്ചാൽ മനസ്സ് സൂക്ഷ്മം സൂക്ഷ്മമായി വരും അങ്ങനെ സൂക്ഷ്മമായി വരുന്ന മനസ്സ് പതുക്കെ പതുക്കെ പതുക്കെ എത്ര കണ്ടും മനസ്സ് നേർത്ത് വരുന്നു അത്ര കണ്ടു മനസ്സ് മനസ്സല്ലാതായിട്ട് മാറാൻ തുടങ്ങും മനസ്സിന്റെ സ്ഥാനത്ത് തന്നെ ചിത്വിലാസം ചിത് ശക്തി ചിത്വിലാസം ഏർപ്പെട്ടു തുടങ്ങും അപ്പോ ജപം വളരെ എളുപ്പമായി എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സാധനം അല്ലെ വേറെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നാവുന്നേ വേണ്ടു ഹരി നാരായണായ നമ പക്ഷെ ജപത്തിനോടുകൂടെ ചില ഉപസാധനകൾ ജപം കുറെ കാലം നമ്മൾ ചെയ്യും ഇപ്പൊ നമ്മൾ ഭാഗവതമൊക്കെ പറയുമ്പോ നമൻ ചൊല്ല നമൻ ചൊല്ല എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞാല് നമ്മള് ചോദിക്കും സ്വാമി ഇത്രയൊക്കെ ജപമൊക്കെ ചെയ്യണോ ഒന്നിട്ടും എന്താ മനസ്സ് ശുദ്ധമാവാത്തത് ചോദിക്കും അതൊരു സ്റ്റേജ് ആ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ കുറെ കാലം ജപിക്കാം ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പൊ കുറച്ച് അന്തർമുഖമായി തുടങ്ങി നടത്തം മനസ്സ് ശുദ്ധമല്ല എന്ന് മനസ്സിലാവണമല്ലോ പരമ അശുദ്ധിയുടെ ലക്ഷണം എന്താ അറിയോ എന്തു പറഞ്ഞാൽ എന്റെ ഉള്ള് ശുദ്ധമാണെന്നോ എവിടെ ഭഗ നടക്കണോ വന്ന് കേട്ടൂടെ അതൊന്നും വേണ്ടു ഉള്ള് നല്ല ശുദ്ധമാണെന്ന് പറഞ്ഞു എന്ത് ചെയ്യും ആ വിഡിപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കും പകലും ടെലിവിഷം അല്ലേ കൽക്കി അവതാരം അവിടെ വന്നിട്ട് എവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയണം നല്ല കൽക്കി അവതാരമാണ് ഓരോരും വീട്ടിൽ വാങ്ങിവെച്ചിരിക്കണം അടങ്ങി പൊതുങ്ങി എത്ര മണിക്കൂർ നേരോ അതിന്റെ മുമ്പില് അപ്പോ അപ്പോ സൂക്ഷ്മ ദർശനം ഉണ്ടാവാൻ ഏറ്റവും നല്ല മാർഗമാണ് നാമത്തിനെ ജപിക്കുക എന്നുള്ളത് ജപം നിരന്തരം തുടരാണെങ്കിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് ഏകാഗ്രണ്ട് ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കരുത് അതാണ് ജപസാധനയുടെ ലാളിത്യവും ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കരുത് ജപിച്ചുകൊണ്ടിരിക്കൽ മാത്രമാണ് നമ്മളുടെ ജോലി ഉറക്കെ വായതൊരാതെ നിറുത്തത ജപിക്കാം കബീർദാസ് പറയുന്നു ചിലര് കബീർ മഹാത്മാവാണെന്ന് പറയുന്നു ചിലർ പരമദുഷ്ടനാണെന്ന് പറയണു ചിലർ കളനാണെന്ന് പറയണു ഇപ്പൊ കബീർ എന്ത് പറയണെന്ന് ചോദിച്ചാൽ കബീർ കഹത്ത് കഹത്ത് രാമരാം കബീറിനൊന്നേ പറയാനുള്ളൂ രാമ രാമ രാമ വിടാതെ ജപിച്ചുകൊണ്ടിരിക്കണോ അവരവർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ സമയം കളയുമ്പോ എനിക്ക് പറയാനൊന്നും സമയമില്ല എന്ന് അങ്ങനെ ജപിക്കുകയാണെങ്കിൽ ആ ജപം തന്നെ ചിത്രത്തിനെ സൂക്ഷ്മമാക്കി ഹൃദയത്തിനെ ശുദ്ധമാക്കി ഈ ജീവൻ എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അതിനെ കാണിച്ചു തരും അല്ലെങ്കിലോ നമ്മൾ ജീവൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ലൈറ്റ് ഇങ്ങനെ പോണതായിട്ടും വരണതായിട്ടും അതൊക്കെ ചിലപ്പോ ഭാവന ചെയ്യും പലരും ഒരുപാട് കാലം പ്രഭാഷണം കേട്ട ഒരാൾ ഈയിടെ വന്ന് ചോദിച്ചു സ്വാമി ആത്മാവിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവിടെ വല്ല വിളക്ക് വല്ലതും ഇങ്ങനെ കാണുവോ അപ്പൊ എന്താ അതാണ് യഥന്തോപി അകൃതാത്മാനഹ നൈനം പശ്യന്തി അചേതസഹ നേരെ കുറച്ച് കൊച്ചു കുട്ടികൾ മനസ്സിലാക്കുന്നത് കണ്ടേ അതാണ് ഈ ബ്രഹ്മവിദ്യ ബുദ്ധിമുട്ടുള്ളതുമല്ല എളുപ്പമല്ല ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നല്ലവണ്ണം ബുദ്ധിമുട്ടാൻ അറിയുന്ന ആളുകളുണ്ട് അവര് കണ്ടുപിടിച്ചു കളിയും ശാസ്ത്രജ്ഞന്മാരെ പോലുള്ളവരൊക്കെ കണ്ടുപിടിക്കണം എളുപ്പമായിരുന്നുവെങ്കിൽ എല്ലാവർക്കും കിട്ടണം ഇത് രണ്ടുമല്ലാതെ അത് എളുപ്പവുമല്ല ബുദ്ധിമുട്ടുള്ളതുമല്ല പിന്നെ എന്താ കൃപ കൊണ്ട് കിട്ടണതാണ് ആ കൃപയെ ആശ്രയിക്കാനുള്ള പക്വത ആർക്കും ഉണ്ടാവുന്നുവോ അപ്പോ കരതലാവനകം പോലെ വസ്തു പ്രകാശിക്കണം അപ്പോ അതാണ് സിദ്ധിച്ചവരാരും ഞാൻ ഇന്നത് ചെയ്തു അതുകൊണ്ട് എനിക്ക് കിട്ടി ആരെങ്കിലും അങ്ങനെ പറയാണെങ്കിൽ അയാൾക്ക് വസ്തു കിട്ടിയിട്ടില്ലാന്ന് അർത്ഥം യഥാർത്ഥത്തിൽ വസ്തുലാഭം ഉണ്ടായവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഈ സത്യം എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്കേ അറിയില്ല ഒരു യോഗ്യതയും ഇല്ലായിരുന്നു എങ്ങനെയാ കിട്ടിയതെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ രാമകൃഷ്ണ പരമഹംസർ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു മാമ്പഴം കൊടുത്താൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കുകയില്ല ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പോയി മടിയിൽ കയറിയിരുന്ന് വെച്ചോളൂ കൊടുക്കും അവർ വേണ്ടാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊടുക്കും മാണികവാചസ്വാമികൾ ഒരു പാട്ടിൽ പറയുന്നു എത്രയോ പേര് തപസ് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അവർക്കൊന്നും കിട്ടാത്ത വസ്തു എന്റെ പുറകെ കൂടി ഞാൻ ഈ സംസാരത്തിൽ ഞാൻ എന്തേന്ന് വിരമിച്ചിരുന്നേ എന്നെ പിടിച്ചു അത് നടിത്തു മണ്ണിടൈ പൊയ്യനത്യും മായം കടിത്തേ നിൻവിനൈമിക്കഴറിയേ തിരിവേനയും പിടിത്ത് മുന്നിന്റ് തേടിയ അറുംപൊരു അടി അടിത്ത് അക്കാരം മുൻ തീറ്റിയ അത്ഭുതം അറിയേനേ ഈ ആശ്ചര്യത്തിനെ ഞാൻ എങ്ങനെ പറയും മിസ്റ്റിക്സിനൊക്കെ ഒരേ ഭാഷയാണ് അണികവാചകസ്വാമികൾ പറയുന്നു ഈ അത്ഭുതത്തിനെ ഞാൻ എങ്ങനെ പറയുന്നു ഭാഗവതം പറയുന്നു സർവാശ്ചര്യമേച്ചുതേ ഭഗവാനെ മറ്റൊരു പേര് രാമതീർത്ഥസ്വാമികൾ ഒരു പ്രഭാഷണം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു സാർ നിങ്ങളുടെ ദൈവത്തിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോ ഹീന്ന് പറയണോ ചിലപ്പോ ഷിന്ന് പറയണു വ്യക്തമായിട്ട് പറയുമോ അദ്ദേഹം മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ മിസ്സാണോ എന്താണോ അപ്പൊ രാമതീർത്ഥ സ്വാമികൾ പറഞ്ഞു ഗോഡ് ഇസ് നൈതർ മിസ്റ്റർ നോർ മിസ് നോർ മിസ്സിസ് ഹിസ് എ മിസ്റ്ററി സർവാശ്ചര്യമയം അനിർവചനീയമാണ് അസ്വരും മാണിക്യവാചകർ പറഞ്ഞു ഞാനൊന്നും ചെയ്യാതെ ആ വേദം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്ന പൊരുൾ എന്റെ പുറകെ കൂടി വിഷയസുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരുന്ന എന്നെ അടിച്ച് അടിച്ച് അടിക്കാന്ന് വെച്ചാൽ എന്താ ദുഃഖം കൊടുക്കുന്നു അക്കാരം തീറ്റിയ അക്കാരം എന്ന് വെച്ച മധുരം മധുരം കൽക്കണ്ടം മധുരത്തിനെ കൊടുക്ക മധുരം എന്താ ഇവിടെ ഭഗവത് അനുഭവം അനുഭൂതിയാവുന്ന മാധുര്യത്തിനെ തീറ്റ എന്താ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി മേക്കിംഗ് യു ഈട്ട് കൺസ്യൂം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഞങ്ങളുടെ മധുര അനുഭവത്തിനെ അദ്ദേഹം തന്നെ പറയുന്നു അനുഭൂതി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കരന്തപാൽ കണ്ണോട് നെയ് കലന്താർ പോലെ പിറന്ത പിറപ്പറുക്കും ഞങ്ങൾ പെരുമാൻ കറന്നെടുത്ത് വെച്ച പാല് അതില് കരിമ്പിന്റെ ചാറ് ചേർത്ത് നെയ് കലർത്തി ഇതൊക്കെ മാഗു ഒരു എക്സാമ്പിളാണ് പുറമേക്ക് അത് വായിലൊഴിക്കുമ്പോ ഒരു സുഖമുണ്ടല്ലോ അതുപോലെ ഹൃദയത്തിലൊരു സുഖം എന്നാണ് ഹൃദയത്തിലൊരു രുചി ആ രുചി എവിടെ നിന്ന് വന്നു അവനവന്റെ ഹൃദയസ്ഥാനത്ത് നിന്ന് തന്നെ വന്നു ആ അനുഭൂതി ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോ ഏർപ്പെട്ടതാണ് അപ്പൊ ഈ ജീവൻ അതിന്റെ മറ ജീവന്റെ ഉള്ളിലുള്ള കളങ്കങ്ങളൊക്കെ നീങ്ങി പ്രകാശിക്കുമ്പോ ഏർപ്പെടുന്ന ആനന്ദം തന്നെയാണ് ഈശ്വരാനുഭൂതി ഭഗവത് സാക്ഷാത്കാരം അത് എങ്ങനെ നേടി എന്ന് ചോദിച്ചാൽ അവസാനം ഒന്നും പറയാൻ പറ്റില്ല ആരംഭത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ജപിക്കുന്നു ഞാൻ ജ്ഞാനവിചാരം ചെയ്യുന്നു ഞാൻ ഭക്തനാണ് യോഗിയാണെന്നൊക്കെ പറയും പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഭക്തനാണ് എന്ന് പറയുമ്പോ തന്നെ ഭക്തി ഇല്ല എന്നാണ് നമ്മൾ പറയേണ്ടത് ത്യാഗരാജസ്വാമികളോട് ചോദിച്ചു ഭക്തിമാർഗത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പറയുന്നു തെലിയലേ തുറാമ ഭക്തിമാർഗം എന്തോ ഹേ രാമ ഭക്തിമാർഗത്തിനെ കുറിച്ച് ആളുകൾ പറയാൻ പറയുന്നു എനിക്ക് ഭക്തിമാർഗം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പിടിയില്ല എന്നാണ് ഒരു പിടിയില്ല ഭക്തിമാർഗത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ ഒരു പിടിയില്ല അതിന് എങ്ങനെ പറയും ഭക്തിമാർഗം എന്താണെന്ന് എങ്ങനെ പറയും ഭക്തിയെ കുറിച്ച് പ്രഭാഷണം ചെയ്യത് കളയാനുള്ള ഒരു ഗൗരവവും ഒരു ഒരു അറിവുമൊന്നും എനിക്ക് ഇപ്പോ ഇല്ല ആയിട്ടില്ല ഇനിയിപ്പോ ആയോട്ട് പറയാൻ പറ്റുമോ ആയോട്ട് ഇപ്പൊ പറയാനുള്ള ആളവിടെ ഉണ്ടാവില്ല അപ്പൊ ഇനിങ്ങനെ അപ്പൊ ആ അനുഭൂതിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കഴിയും ഇതപ്പോ അങ്ങടും ഇല്ല അങ്ങടും ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല എന്നൊക്കെ പറയാനേ പറ്റുള്ളു അപ്പോ യത്നം ചെയ്ത് ചിത്തശുദ്ധിയുള്ളവർക്ക് ഈ ജീവൻ ഉള്ളിലെങ്ങനെ ദിവ്യൂ പുരുഷനായി പ്രകാശിച്ച് തെളിഞ്ഞു തുടങ്ങും ഉള്ളിലെങ്ങനെ തെളിഞ്ഞു പ്രകാശിച്ച് തുടങ്ങുമ്പോ ആ താങ്കൾ അവരവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആനന്ദത്തിനെ പുറമേക്കും കണ്ടു അതായത് അഹം ബ്രഹ്മാസ്മി തത്വമസി രണ്ടു മഹാവാക്യവും ചേർ ആദ്യം എന്റെ ഉള്ളിൽ ആ ദിവ്യത്വം പ്രകാശിക്കുമ്പോൾ ഏർപ്പെടുന്ന അനുഭൂതിയാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ആ പരമാത്മാവാണ് ഇതൊന്നും വാച്യമല്ല വാച്യമായാൽ വെറും അഹങ്കാരമായി പോകും ഞാൻ ബ്രഹ്മമാണ് ഞാൻ ഈശ്വരനാണെന്നൊക്കെ പറഞ്ഞാൽ ഇരണ്യകശം പോവും അല്ലെ അപ്പോ അങ്ങനെയല്ല ശരീരത്തിന്റെ മണ്ഡലത്തിലല്ല ആ ദിവ്യത്വം ഉള്ളിൽ അനുഭവപ്പെടുമ്പോ ആ അനുഭൂതിയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് മഹാവാക്യ രൂപത്തിൽ വേദങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള ആൾ പുറമേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ആരെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആയിട്ടില്ല അപ്പൊ അത് അനുഭൂതി സ്വരൂപമാണ് അത് സ്വാനുഭവ സ്വരൂപമാണ് ആ അനുഭവം ഹൃദയത്തില് പ്രകാശിച്ചു കഴിയുമ്പോൾ അടുത്ത അനുഭവ മണ്ഡലം എന്താ തത്വമസി ഞാൻ മാത്രം അനുഭവിച്ചു എന്നല്ല വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലും ഒരാൾ ഞാൻ ദൈവ അവതാരമാണ് നിങ്ങളൊക്കെ എന്നെ പുറകെ നടക്കൂ എന്ന് പറഞ്ഞാൽ കൂടെ ആര് പറയുന്നു എന്നിൽ ഏതൊന്നുണ്ടോ അതൊക്കെ തന്നിലുണ്ട് സർവപേരും ആ വസ്തുവാണ് എന്തിനു പറയുന്നു ജീവൻ മുക്തന്മാരിൽ ശ്രേഷ്ഠനായി മഹാത്മാക്കൾ സകല പരമ്പരയിൽ വന്നവരും ആരാധിച്ചിരുന്ന രമണ മഹർഷി അദ്ദേഹത്തിന് മുമ്പിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാ പോലും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല എല്ലാവരിലും സ്വാമിയെ കാണുന്ന പോയി അദ്ദേഹം ഊണ് കഴിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണിച്ചാൽ അല്പം എന്തെങ്കിലും അധികം ഒഴിച്ചാൽ ഒരു മാസത്തേക്ക് അത് സ്പർശിക്കില്ല നമ്മുടെ കെ കെ എൻ എം ബി ആർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹം ജ്യവനപ്രാവശം ഉണ്ടാക്കി കൊടുത്തു മഹർഷിക്ക് ആയുർവേദക്കാർ വിധിച്ചതാണ് വൈദ്യന്മാർ വിധിച്ചതാണ് അത് കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നു അര മണിക്കൂറിൽ ജ്യവനപ്രാശം കാലി സ്വാമിയെ അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ആ സ്വാമിക്ക് നല്ലതാണെങ്കിൽ എല്ലാവർക്കും നല്ലത് കൊടുക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തെ കാരണം എന്താ എല്ലാവരുടെ ഉള്ളിലും ഈ സ്വാമിയാണ് ഉള്ളതെന്ന് കാണണം നമ്മളെ പോലും എന്താ പോ ഒന്നൊന്നും അല്ലാത്ത ആളുകൾക്ക് പോലും കഴുത്തിൽ മാലയിട്ട് എന്തോ ഒരു സമ്പ്രദായത്തിന് വഴങ്ങി കൊടുക്കുമ്പോ നമ്മളിങ്ങനെയൊക്കെ സ്വീകരിക്കണം ഈ സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ആ മഹാൻ മഹാപുരുഷന് ഒരാൾക്കും ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴുത്തിൽ ഒരു മാലയിടാനോ ഒരു പാദപൂജ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലേ അമ്പത്തിനാല് വർഷം അദ്ദേഹം ഇവിടെ വസിച്ചു അദ്ദേഹത്തിനെ ഒന്ന് ആരാധിക്കാനോ പൂജിക്കാനോ കഴുത്തല് മാലയിടാനോ ഒന്നും ആർക്ക് സാധിച്ചിട്ടില്ല നിർബന്ധമായിരുന്നു ഈ സർവത്ര സമത ഋഷിത്വത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഈ ദിവ്യത്വമുണ്ട് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ കാണുന്നതിൽ നിർബന്ധമായിരുന്നു അത്ര അത് മനുഷ്യരിൽ മാത്രമല്ല കൊരഞ്ഞന്മാര് പക്ഷികള് മൃഗങ്ങള് സകല പ്രാണികളിൽ അപ്പോ തന്റെ ഉള്ളിൽ ഉള്ള അനുഭൂതി പുറമേക്ക് വീശിത്തുടങ്ങുമ്പോ സർവപ്രാണികളിലും അത് ഉള്ളതായിട്ട് എങ്ങനെ കണ്ടു തുടങ്ങും അപ്പൊ എന്താ സമദർശിത്വത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു കുഴപ്പം വരുമ്പോ നല്ല ശ്രുതി ചേർന്ന സംഗീത കച്ചേരിയില് ശ്രുതി പഴച്ചുപോയാൽ എങ്ങനെയുണ്ടാവും അപശ്രുതി ആയാൽ അതുപോലെ അവർക്കുള്ളിൽ വിഷമം തോന്നും അപ്പൊ സർവത്ര സർവത്ര എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളിലും ഇവിടെ ഭഗവാൻ പ്രത്യേകിച്ച് ചെലത് പറയും അവിടെയൊക്കെ എന്റെ തേജസ്സിനെ നിങ്ങൾക്ക് കാണാം നമ്മള് അടുത്ത ശ്ലോകത്തിൽ കാണാം നോക്കാം തേജ യദാദിത്യഗതം തേജോ ജഗദ്ഭാസ യഖിലം യ്രമസി യാഗ്നൗ തേജോ വിധി മാമകം യദാദിത്യഗതം തേജോ ജഗത് ഭയത്തെ അഖിളം യത്ത് ചന്ദ്രമസി അഗ്നൗത് തേജ വിദ്ധി മാംകം ഏത് ആദിത്യഗതം തേജ യാതൊന്നാണോ ആദിത്യനിൽ ഉള്ള പ്രകാശം തേജസ് തേജസ് എന്ന് വെച്ചാൽ വെറും വെളിച്ചമല്ല അപ്പൊ ഇതിനൊക്കെ വെളിച്ചമുണ്ട് ഈ വെളിച്ചത്തിനും സൂര്യന്റെ വെളിച്ചത്തിനും എന്താ വ്യത്യാസം സൂര്യപ്രകാശം മുഴുവൻ ജീവചൈതന്യം നിറഞ്ഞു നിൽക്കണം പ്രഭാതത്തില് സൂര്യൻ ഉദിച്ചു പൊന്തി വരുന്നത് കാണുമ്പോ തന്നെ നമ്മളുടെ മനസ്സ് സമാഹിതമായിട്ട് തീരും ആ തേജസ് നമ്മളെ അതുകൊണ്ടാണ് ജ്ഞാനികളെ എവിടെ കിട്ടും ജീവൻ മുക്തന്മാരെ എവിടെ കാണാം എന്നൊന്നും ചോദിക്കരുത് ആളുകൾക്ക് അതൊരു ഔത്സുഖ്യ ചോദ്യമാണ് എവിടെ കാണാം എവിടെ കാണാം എവിടെ മഹാത്മാക്കളുണ്ടോ ഇത് സാക്ഷാത്കരിച്ചവരുണ്ടോ നിങ്ങൾക്ക് ഭഗവത്ഗീത വിശ്വാസമുണ്ടോ അത് ആദ്യത്തെ ചോദ്യം വിശ്വാസമുണ്ടെങ്കിൽ മനുഷ്യർ മാത്രമല്ല ജ്ഞാനികൾ ഞാൻ നമ്മളെക്കാളുമൊക്കെ ഉയർന്ന മണ്ഡലത്തിൽ ജീവചൈതന്യം പ്രകാശിക്കുന്ന ഭാവങ്ങളാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ നമ്മൾ വേണമെങ്കിൽ സയൻസും വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇത്ര നീളം ഒരു മീറ്റർ ഉണ്ടേ അതിനെ എല്ലായിടത്തും കൊണ്ടുപോയി ഇട്ടുനോക്കും അത് വെച്ചുകൊണ്ട് സൂര്യനിൽ ജീവനുണ്ടോ ചന്ദ്രനിൽ ജീവനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും ജീവൻ എവിടെയാണ് ഇല്ലാത്തത് രമണ മഹർഷിയോട് ഒരാള് നോൺ വെജിറ്റേറിയൻ കഴിക്കാനായിട്ടൊരു യുക്തിയും കൊണ്ട് ചെന്നു മഹർഷിയോട് ചോദിച്ചു സ്വാമി അങ്ങ് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുവല്ലോ പക്ഷേ പച്ചക്കറിയിലും ജീവനുണ്ടല്ലോ എന്ന് പറഞ്ഞു സോ ടു ദ ടേബിൾ ഓൺ വിച്ച് യു ആർ സിറ്റിംഗ് എന്ന് മഹർഷിയുടെ ഉത്തരവ് അതായത് പച്ചക്കറിയിലും ജീവനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്ന ടേബിളിലും ഉണ്ട് എന്നാണ് അങ്ങനെയാണ് നോക്കണതെങ്കിൽ ജീവൻ ഇല്ലാത്ത സ്ഥലമേ ഇല്ല ജീവന്റെ ആവിർഭാവ വ്യത്യാസം അത്രയേ ഉള്ളൂ സൂര്യൻ നമ്മളുടെ ഉപനിഷത്തുകൾ പ്രകാരം നമ്മളുടെ ശാസ്ത്രപ്രകാരം സൂര്യനും ചന്ദ്രനും മറ്റു ദിവ്യഗോളങ്ങളൊക്കെ തന്നെ നമ്മളെക്കാളും ഒക്കെ ഉയർന്ന മണ്ഡലത്തിൽ വർത്തിക്കുന്നവരാണ് അവർക്കൊക്കെ നമ്മളെ പോലെ തന്നെ ബോധവുമുണ്ട് നമുക്ക് അറിയുന്നില്ലേ അത്രയുള്ളൂ ആകട്ടെ അപ്പോ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം ആദ്യമായി ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയത് സൂര്യനാണത്രേ അതുകൊണ്ടാണ് അത്ര തേജസ്സോടുകൂടെ വർദ്ധിക്കുന്നത് എന്നാണ് സന്യാസത്തിനും ഒരു സമ്പ്രദായവുമുണ്ട് വളരെ പക്വികളായി ചിലര് വിദ്വത് സന്യാസം എന്ന് പറഞ്ഞെടുക്കും അതായത് അവര് മുമ്പ് തന്നെ സന്യാസികളാണ് ജ്ഞാനം നേടിക്കഴിഞ്ഞു എന്നാലും ഗൃഹസ്ഥന്മാരായിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മചാരികളായിട്ടോ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ സന്യാസാശ്രമം സ്വീകരിക്കാം എന്ന് ചെല്ലുമ്പോൾ വളരെ പക്വികളായിട്ടുള്ള ചിലർക്ക് സന്യാസം കൊടുക്കില്ലേ സന്യാസികൾ അവരെക്കാളും ഉയർന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ സന്യാസം കൊടുക്കും അപ്പൊ ഒരു സമ്പ്രദായമുണ്ട് എന്ത്യെന്ന് വെച്ചാൽ സൂര്യനെ തന്നെ ഗുരുവായി കൽപ്പിച്ചുകൊണ്ട് കാഷായം എടുക്കും കാരണം എന്താ ആദിത്യൻ ജ്ഞാനികളിൽ ശ്രേഷ്ഠനാണ് അവർ ജ്ഞാനിയെ കാണണോ ജീവൻമുക്തനെ കാണണോ രാവിലെ എണീറ്റ് നോക്കിയാൽ മതി പക്ഷേ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് സൂര്യനെ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ചൂട് വയർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സൂര്യനെ നോക്കിയിട്ടുണ്ടാവും നമ്മളുടെ മുമ്പിൽ പ്രകാശിച്ചിരുന്നാലും ആ സുവർണവർണത്തിൽ ഹിരൺമയേന പാത്രേന അതിങ്ങനെ കണ്ടാൽ മതിയാണ് ആ ആദിത്യനിലുള്ള തേജസ് ഭഗവാൻ പറയുന്നു ജഗത്ഭാസയത്തെ അഖിലം ഈ ചരാചരത്തിന് മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വെളിച്ചമുണ്ടല്ലോ അതിന്റെ വെളിച്ചം എടുത്തുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് എ ചന്ദ്രമസി ചന്ദ്രൻ സൂര്യൻ അഗ്നി മൂന്ന് അഗ്നികളാണല്ലോ പിന്നെ അഗ്നി ഇതൊക്കെ തന്നെ വിദ്ധി മാമകം തേജ ഇതൊക്കെ എന്റെ തേജസ്സാണ് എന്റെ പ്രകാശം ആത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ആത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് ആത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് അഗ്നി പ്രകാശിക്കുന്നത് സർവവസ്തുക്കളിലും ആത്മപ്രകാശമാണ് യഫ് പൃഥിവ്യാം തിഷ്ട് പൃഥിവ്യീം അന്തരോ യ് പൃഥിവ്യ അന്തരോ യം പൃഥി നേദ യൃവീ ശരീരം യഥിവീം അന്തരോ യമയത് എഷ തേ ആത്മാ അന്തരമി അമൃത ശ്രുതിയിൽ അന്തരയാമി അധികണം ഛാന്ദോക്യോപനിഷത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന് യേ തിഷൻ യം ആദിത്യോ നേദ യരീരം ഏതൊരുത്തരും സൂര്യനിൽ പ്രകാശിക്കുന്നു എസ് ചന്ദ്രമസി തിഷ്ഠൻ ചന്ദ്രനിൽ ആര് വർദ്ധിക്കുന്നുവോ സസ്യങ്ങളിൽ ഓഷധികളിലൊക്കെ ആര് വർദ്ധിക്കുന്നുവോ ദിവി തിഷ്ഠന് ദൗവുല് സ്വർഗത്തിൽ ആര് വർദ്ധിക്കുന്നു അന്തരാത്മാവായിരിക്കുന്നു അങ്ങനെ വർത്തിക്കുന്നവൻ ആ ആത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് സകലതും പ്രകാശമാനമായിട്ട് തോന്നണത് അതില്ലെങ്കിലോ ബാക്കിയൊന്നും പ്രകാശിക്കില്ല ഇരുട്ടായിപ്പോ അതൊന്നും ഇല്ല ഇല്ലാതായിട്ട് പോകും ഓട്ടെ അപ്പോ ഭൂമിയിലും പൃഥി തിഷ്ഠന് അതാണ് അടുത്ത ശ്ലോകം ഗാമാ ഭൂതാനി ഹാരമ്യമോജസ ഉഷ്ണാമി ചൌഷധി സർവ സോമോ ഭൂരസാത്മക ൂതാനമ്യോജസ പുഷ്ണമിഷ സോമോ ഭൂത്മക ഓരോന്നിലും ഓരോ വസ്തുക്കളിലും ഈ ആത്മവസ്തു അതിന്റെ സത്തയായിട്ട് കുടികൊള്ളുന്നു ഇപ്പൊ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്ന് പറഞ്ഞു എല്ലാറ്റ് അഗ്നി സൂക്തം എന്ന് നമ്മുടെ വേദത്തിലെടുത്താൽ അതിന്റെ ഒക്കെ മർമ്മം അവസാനം അന്വേഷിച്ച് ചെല്ലുമ്പോ ഇവിടെ വന്ന് നിൽക്കും അഗ്നി പൂർവേഭിർഷി നൂതനീരുത് ആ പൂർവികനായ ഋഷിമാർ ഏതൊരു അഗ്നിയെ ആരാധിച്ചോ ആ അഗ്നിയെ തന്നെയാണ് ഇപ്പോഴുള്ളവരും ആരാധിക്കുന്നത് ആ അഗ്നിയാണ് എല്ലാവരുടെ ഉള്ളിലും സൂക്ഷ്മമായ ചലനങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നിർ ഹോത കവി ക്രതുഹു ആ അഗ്നി ഹോ തന്നെ ഹോതാവ് അഗ്നി തന്നെ കവി അഗ്നി തന്നെ യാഗം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബാഹ്യ അഗ്നി ആണോ നമ്മൾ സംശയിച്ചു പോകും അപ്പോ അഗ്നിയുടെ അന്തർവസ്തുവായി വർത്തിക്കുന്ന അഗ്നി അഭിമാനിയായിരിക്കുന്ന ജീവചൈതന്യം അതേ തന്നെയാണ് ഭൂമിയിൽ നമുക്ക് ഭൂമി എന്താ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എലമെന്റ്സൊക്കെ നമ്മൾ പറഞ്ഞു കളയും എന്തൊക്കെയാ ഉള്ളത് ഒക്കെ പറയാം അതിന് ജീവനില്ല എന്നും നമ്മൾ വിധി എഴുതും അതിനകത്താണ് ജീവനെ ഉദിക്കുന്നത് അല്ലെ നമ്മളുടെ ശരീരത്തിലുള്ള രണ്ട് രോമങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറും നമ്മൾ ഈ മുളച്ചു പൊന്തിണ സ്ഥാനം ജീവനുള്ളതാണോ ഇപ്പൊ രോമങ്ങളൊക്കെ കൂടെ വിധി എഴുതി ഏ ഇതിന് ജീവനൊന്നുമില്ല ഇതുപോലെയാണ് നമ്മള് എവിടെ ഇരിക്കുന്നു അതിനെ കുറിച്ച് വിധി എഴുതുന്നത് ഏ അതിന് ജീവൻ അത് ജഡം അതിങ്ങനെ ചുറ്റും ചുറ്റണതെങ്ങനെയാ അതിനെന്തെങ്കിലുമൊക്കെ കാരണം പറയും ഈ രോമങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഇത് നടക്കുന്നുണ്ടല്ലോ അത് നടക്കും അത് നേച്ചർ എന്ന് പറയും അപ്പൊ പൃഥിവി എഫ് പൃഥിവ്യാം തിഷ്ടന് സകല ജഗത്തും ചൈതന്യവത്താണോ ചൈതന്യവത്തായിട്ടല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല യഫ് പൃഥിവ്യ അന്തരോ യം പൃഥിവീനവേദ പൃഥിവിക്കും അയാളെ പിടികിട്ടിയിട്ടില്ല എഫ് പൃഥിവീം അന്തരോ യമയീ പൃഥിവിയുടെ ഉള്ളിലിരുന്നുകൊണ്ട് പൃഥ്വിയെ ആരാണോ നിയന്ത്രണം ചെയ്യുന്നത് അവൻ തന്നെയാണ് കുഞ്ഞെ തന്റെ ഉള്ളിലിരുന്ന് തന്റെ ഉള്ളിൽ അഹം അഹം അഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്തര്യാമി അമൃത മരണമില്ലാത്തതായ സത്യവസ്തു അത് തന്നെയാണ് ഗാമാവിശഭൂതാനി ധാരയാമി അഹം ഓജസാ ഭൂമിയിൽ പ്രവേശിച്ച് എന്റെ ഓജസ്സുകൊണ്ട് ഞാൻ സകല പ്രാണികളെയും ധരിക്കുന്നു ഓജസ് എന്ന് വെച്ചാൽ Energy in its purest form, immaculate form. That is Ojas. In our lives, we have to live in a world of knowledge. Ojas is to live in a world of knowledge. Ojas is to live in a world of knowledge. In the world of knowledge, we have to live in a world of knowledge. എന്താണോ ഓജസ് നഷ്ടപ്പെടാതെ നിൽക്കും അതൊന്നും പരിശ്രമം കൊണ്ടല്ല പരിശ്രമം കൊണ്ട് ഇതൊക്കെ നേടാൻ ആളുകൾ വികൃതമായി പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും സാധ്യമേ അല്ല ഓജസ് നഷ്ടപ്പെടാതിരിക്ക ഓജസ് എന്ന് വെച്ചാൽ നമ്മളുടേതല്ല ഓജസ് എനർജി കംസ് ഫ്രം ഹിം ഇറ്റ് ഹിസ് എനർജി ഞാനില്ലാതാവുമ്പോ ധാരയാമി അഹം ഓജസ് ആ ഓജസ് കൊണ്ട് ഞാൻ പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്നു ഭഗവാൻ പറഞ്ഞു പൃഥ്വിയിൽ പ്രവേശിച്ചു ഓരോന്നിലും ഭഗവാന്റെ ആ ഓജസ്സാണ് ആ ഓജസ് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല സൂര്യൻ്റെ പ്രകാശമില്ലാത്ത സമയത്ത് തന്നെ രാത്രി എന്തൊക്കെ തരം വികൃത ജീവികളൊക്കെയാ വരുന്നത് അല്ലെ അതിന്റെ ക്വാളിറ്റി തന്നെ വ്യത്യാസമാണ് സൂര്യ വെളിച്ചം വരുമ്പോ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം അതേപോലെ പൃഥ്വിയിലും ഈ ജീവചൈതന്യമായി പ്രവേശിച്ച് ഞാൻ ജീവനെ നിലനിർത്തുന്നു ഓഷധി ഹി സർവാഹ ഓഷധികൾ വനസ്പതികൾ ചെടികളിലൊക്കെ മരുന്നൊക്കെ നമുക്ക് കിട്ടണം ഓഷധികൾക്കൊക്കെ ആശ്രയസ്ഥാനം ചന്ദ്രനാണ് ചന്ദ്ര വെളിച്ചം ധാരാളം ചന്ദ്രകിരണം ധാരാളം കൊള്ളണം ആയുർവേദ ഔഷധികൾക്ക് പ്രത്യേകിച്ച് ചന്ദ്രകിരണം ആണ് മുഖ്യമായിട്ട് ചിലതൊക്കെ ചില ഔഷധികളൊക്കെ പറിച്ചെടുത്ത ശേഷവും നല്ല വണ്ണം പൂർണ്ണ ചന്ദ്രികയിൽ ഉണക്കാനായിട്ടുണ്ട് നല്ല ചന്ദ്രിക ചന്ദ്രകിരണം ഏൽക്കാനായിട്ടിടും ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ ഋഷിമാര് ഉണ്ടാക്കി വെച്ച സമ്പ്രദായത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ ചില പൗർണമി ദിവസങ്ങളിൽ പൗർണമി ചന്ദ്രകിരണം സ്പർശിക്കുന്ന രീതിയിൽ ആഹാരം പാചകം ചെയ്ത് ചന്ദ്രകിരണം ഏറ്റുകൊണ്ട് അതിന് ചുവട്ടിലിരുന്ന് ഊണ് കഴിക്കണമെന്നൊക്കെ ഉണ്ട് നമുക്കിപ്പോ അതൊക്കെ പോയി കഴിഞ്ഞു നമ്മൾ വേണമെങ്കിൽ ടി വിയിൽ ചന്ദ്രകിരണം കാണും നമ്മളങ്ങനെയാണ് അപ്പോഴത്തെ സമ്പ്രദായം അപ്പോ പുഷ്ണാമിച്ച ഓഷധീ സർവാഹ സോമോഭൂത്വ രസാത്മക ചന്ദ്രനായി ഇരുന്നു കൊണ്ട് ചന്ദ്രനിൽ അതിന്റെ തേജസ്സായി ഇരുന്നു കൊണ്ട് ഓഷധികളെയൊക്കെ ഞാൻ പുഷ്ടിപ്പെടുത്തുന്നു പുഷ്ണാമി പുഷ്ടിപ്പെടുത്തുന്നു പുഷ്ണാമി എന്നുള്ളതെന്നായിരിക്കും ഇംഗ്ലീഷിൽ പുഷ് എന്ന് വന്നത് ഒന്ന് തള്ളിക്കൊടുക്ക ആവട്ടെ ഇവിടെ പുഷ്ടിപ്പെടുത്തുക എന്നാണ് പക്ഷെ പുഷിങ് ഉം ഒക്കെ ഒക്കെ ഒരേ ഭാഷയാണ് നമ്മള് വെറുതെ നമുക്ക് അറിയുന്നില്ലേ അത്രയേ ഉള്ളൂ ഇപ്പൊ മറാത്തി ബംഗാളി ഒന്നും പറഞ്ഞാൽ നമുക്കൊന്നും പിടിക്കില്ല പക്ഷെ ഉച്ചാരണത്തിലുള്ള കുഴപ്പമാ നമ്മളത് എഴുത്ത് എടുത്തു വായിച്ചു നോക്കിയാ കാണാൻ ഒരുപാട് വാക്കുകൾ സംസ്കൃതമാണ് ഇംഗ്ലീഷില് എത്ര വാക്കുകളറിയോ മാതൃ മദർ ഭ്രാതൃ ബ്രദർ സ്വസ്റ്റർ ടി എച്ച് വൈ ദേ സംസ്കൃതത്തിലത്തെ ലുക്ക് ലുക്ക് സംസ്കൃതത്തിലും ലുക്ക് ലുക്ക് ക്രിയേഷൻ ക്രിയാ സെയിം സമ പിന്നെ അവരുടെ ഈ ജർമ്മൻ ഇറ്റാലിയൻ ആ ഭാഷകളിലൊക്കെ ചേർന്നിട്ടാണ് ഈ നവംബർ ഡിസംബർ സെപ്റ്റംബർ ഒക്കെ വന്നത് അവരുടെ ഏഴാമത്തെ മാസമാണ് സെപ്റ്റംബർ എട്ടാമത്തെ മാസമാണ് ഒക്ടോബർ സപ്ത സെപ്റ്റംബർ അഷ്ട ഒക്ടോബർ നവ നവംബർ ദശ ഡിസംബർ ഇതൊക്കെ നമ്മൾ ഓരോന്നും നോക്കിയാൽ ഒരുപാട് സാമ്യതകൾ ഭാഷയിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ ഭാഷയിലൊന്നും വേണ്ട ഇപ്പോ പുഷ്ണാമിച്ച ഓഷധീ സർവ ചന്ദ്രനിൽ പ്രവേശിച്ച് ഓഷധികളെയൊക്കെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഓഷധികൾക്കൊക്കെ ശക്തിയേകി കൊണ്ട് സോമനായിട്ട് സോമൻ ചന്ദ്രനായിട്ട് ഞാൻ നിൽക്കുന്നു രസാത്മകഹ ചന്ദ്രന്റെ കിരണത്തിന്റെ വൈശിഷ്ട്യം എന്താ രസം അതിന്റെ ഓഷധികളുടെ രസം കൊടുക്കുന്ന അതിന്റെ സാപ്പിഡിറ്റി കൊടുക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനും ഭൂമിക്കുള്ള സമ്പർക്കം വേലിയേറ്റം വേലിയറക്കം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോന്നും ചന്ദ്രകിരണങ്ങൾ മാത്രം ചില ചെടികൾ വളരും അപ്പോ അങ്ങനെ ചന്ദ്രനായിട്ട് അതൊക്കെ പോട്ടെ ചന്ദ്രസൂര്യെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശക്കണു സ്വാമി നേരെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അപ്പൊ ഭഗവാൻ പറയണു അവിടെയും ഞാനാണോന്നാണ് അടുത്ത ശ്ലോകം നോക്കാം അടുത്ത ശ്ലോകം അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണീന പ്രാണവാന സമാമ്യന്നം ചർവിധം അഹം വൈശ്വാനരോ ഭൂത്വ വളരെ പ്രധാനമായ കാര്യം ഉണ് കഴിക്കുമ്പോൾ ചിലർക്ക് ഈ ഒരു ശ്ലോകം മാത്രം ചൊല്ലും അഹം വൈശ്വാന രോഭൂത്വ ചിലര് ഈ പതിനഞ്ചാം അധ്യായം മുഴുവൻ ചൊല്ലും ചിലർ സമ്പ്രദായത്തിൽ അവരെ മൂന്ന് ശ്ലോകങ്ങൾ ഒന്ന് അഹം വൈശ്വാനരോഭൂ പചാമ്യം ചതുർവിധം രണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്വ്യം ബ്രഹ്മകർമ്മ സമാധിനും ഭഗവത്ഗീതയിലെ ശ്ലോകം മറ്റൊന്ന് യാവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്തീ നമസ്തസ് ചണ്ഡിഗീത്മ്യത്തിൽ ഊണ് കഴിക്കാൻ ഇരിക്കും എന്നാൽ മൂന്നും നമ്മളുടെ വയറിനെ സംബന്ധിച്ചുള്ളതാണ് ബ്രഹ്മാർപ്പണം എന്നുള്ളത് വയറിനെ സംബന്ധിച്ചല്ല അത് ബ്രഹ്മകർമ്മ സമാധി പറയുന്നതാണ് ആ ശ്ലോകം എന്നാലും ഉള്ളിലേക്ക് കഴിക്കുന്ന അന്നമൊക്കെ ഒരു അർപ്പണമായി ആഹുതി ആയിട്ട് തീരാൻ ഉള്ള ഒരു ശ്ലോകമായി അതിനെ കരുതും ഇതിന്റെയൊക്കെ മർമ്മം അറിഞ്ഞാൽ പ്രേതാരണ്യകത്തില് പറയുന്നത് ആരാണോ ജ്ഞാനം നേടിയവൻ എന്നുവെച്ചാൽ ഈ സത്യം തെളിഞ്ഞ് അയാള് ചെയ്യുന്ന ക്രിയകളൊക്കെ തന്നെ ബ്രഹ്മകർമ്മ സമാധിയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഊണുകഴിക്കുന്നത് തന്നെ അയാൾക്ക് അഗ്നിഹോത്രവും അയാൾക്ക് പ്രത്യേകിച്ച് പിന്നെ അഗ്നിഹോത്രവും കർമ്മമൊന്നുമില്ല അയാൾ ഊണ് കഴിക്കുന്നത് തന്നെ അയാൾക്ക് അഗ്നിഹോത്രമാണ് അത് ലോകത്തിനു മുഴുവൻ മംഗളമേകും ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഇപ്പോ സൂര്യനിൽ പ്രകാശം അഗ്നി ചന്ദ്രൻ ഇതിലൊക്കെ പ്രകാശം ഭൂമിയില് അതിൻ്റെ ഉള്ളിൽ ഓജസ് ചന്ദ്രനിൽ രസം ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുവല്ല ഇനിയിപ്പോ പറയണത് നമ്മളുടെ ഉള്ളിൽ ജാഠരാഗ്നി നമ്മളുടെ ജാഠരത്തില് വയറ്റില് വൈശ്വാനര അഗ്നി ആയിട്ട് ഭഗവാൻ വർത്തിക്കും പ്രാണിനാം ദേഹം ആശ്രിത അപ്പൊ നമുക്കൊക്കെ തപസ്സാണ് ഊണ് കഴിക്കുക എന്നുള്ളത് ഒരു വെറുതെ ഒരു തമാശ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ളതല്ല അതൊരു യാഗമാണ് ഒരു യജ്ഞമാണ് തിന്നുക എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കരുത് ബ്രാഹ്മണാഹ ഭോജനപ്രിയാഹ എന്ന് ശ്ലോകം ചൊല്ലും അത് കളിയാക്കാനുള്ളതായിട്ടാണ് പക്ഷെ അത്യന്തം അദ്ഭുതമായ ഒരു യഥാർത്ഥ ബ്രാഹ്മണന്റെ ഗുണത്തിനെ കാണിക്കുന്നതാണത് എന്താന്ന് വെച്ചാൽ അയാൾക്ക് വേറെ ഒന്നൊരു ആഗ്രഹവും ഇല്ല എന്നാണ് അയാൾക്ക് യാതൊരു ആഗ്രഹവും അയാൾക്ക് ജീവിക്കാൻ വേണ്ട ഭോജനം കിട്ടിയാൽ സന്തോഷമായിക്കോളും ഏനക്കേന ചെയ്ത് ആശിത എന്തെങ്കിലും ആ ഭോജനം കൊണ്ട് തന്നെ സന്തോഷപ്പെട്ടുകൊണ്ട് അത് വലിയൊരു തപസ്സാണ് ആഹാരം ശരീരത്തിന് കൊടുക്കുക എന്നുള്ളത് ഒരു തപസാണ് നമുക്ക് ഇന്നൊക്കെ ഒരുപാട് ആഹാരമാണ് അല്ലേ നമ്മ സമൃദ്ധി പ്രത്യേകിച്ച് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക കുറച്ചു കാലം മുമ്പ് വരെ അമ്പലത്തിലൊക്കെ ഉത്സവം കഴിഞ്ഞ് പഴം കൊടുക്കുക വെച്ചാൽ കുട്ടികളൊക്കെ പോയി പഴം വാങ്ങിക്കാൻ തിരക്ക് കൂട്ടും പക്ഷെ കുട്ടികൾക്ക് പഴമൊന്നും വേണ്ട കാഡ്ബറീസ് ചോക്ലേറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുക്കണം തിന്നാൻ ഒരുപാട് സാമഗ്രികളാണ് അന്നൊന്നും അത്രയൊന്നും കിട്ടില്ലല്ലോ അപ്പൊ ഒരു ഭോജനം ഉണ്ടാക്കി ഈ വയറിന് കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു തപസ്സാണ് അതുകൊണ്ടാണ് അപ്പൊ ഇത്ര വലിയ ഊട്ട് വരാം ഇത് പ്രഭാഷണത്തിനുള്ള ഹാളാണോ ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുന്നു ഇത് എന്തിനു വേണ്ടി കെട്ടിയിട്ടു എത്രയോ പേര് വന്ന് ഊണ് കഴിക്കാനാണ് അല്ലെ ആഹാരം കഴിക്കാനോ നമ്മളുടെ ഭാരതദേശത്തിൽ അല്ലാതെ വേറെ എവിടെ ഇത് നടക്കും ആളുകളെ കുഴുമടിയന്മാരാക്കാനായിട്ട് വെറുതെ ചോറ് കൊടുക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇടക്കാലത്ത് അത് ഒരുപക്ഷെ സത്യമായിരിക്കാം സാമൂഹികമായിട്ട് നോക്കിയാൽ ഒരുപക്ഷെ സത്യമായിരിക്കും പക്ഷേ ഇതിന് പുറകിൽ എത്ര ഉദാരമാണ് അറിയും ആശയം പലരും നമുക്ക് തന്നെ അറിയുന്ന പല ആളുകളുമുണ്ട് അവർക്ക് എവിടെയെങ്കിലും ഊണ് കഴിച്ചാൽ അവരാരും ഉപദ്രവിക്കൊന്നുമില്ല അവർ നാമം ജപിച്ചിരുന്നോളും അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇരുത്തിപ്പുറപ്പിക്കാതെ സമൃദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ആളുകൾക്ക് എ റൂമാണ് എല്ലാം ധാരാളം തിന്നാനുണ്ട് ഒന്നും തിന്നാനും സമയം ഉണ്ടാവില്ല കിടക്കാനും സമയം ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരിടത്ത് പോയി വാങ്ങി കുടിച്ചാൽ ഉടനെ അതിന് പിന്നാലെ ബില്ല് വരും ഒക്കെ ബിസിനസ് വ്യാപാരമാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുക സ്വയം ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു യാഗമാണ് പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും ഒരു യാഗമാണ് ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ ഗൃഹസ്ഥ ധർമ്മം പറയുമ്പോൾ നാരദ മഹർഷി ഇതൊക്കെ പറയുന്നുണ്ട് തനിക്ക് മാത്രമായിട്ട് കഴിക്കരുത് എന്നാണ് പക്ഷെ തനിക്ക് കഴിക്കുകയും വേണം ഏയ് ഞാൻ പഷ്ണി കടന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണു എന്നുള്ളത് പോലും സ്വീകാര്യമല്ല ഞാ എൻ്റെ ശരീരവും മറ്റുള്ളവരുടെ ശരീരവും ഒക്കെ ഒരുമാതിരി തന്നെ ഇതിനും കൊടുക്കണം വേറെനും കൊടുക്കണം കാരണം എന്താ ഇതിനകത്ത് വൈശ്വാനര അഗ്നിയുടെ സ്വരൂപമായി ഭഗവാൻ ഇരുന്ന് ആ അഗ്നി ഇടയ്ക്കിടയ്ക്ക് കത്തും വിശപ്പ് രൂപത്തിൽ ക്ഷുതാരൂപേണ സംസ്ഥിത വിശപ്പിന്റെ രൂപത്തിൽ ഉള്ളിലിരുന്ന് ഇങ്ങനെ അത് ശബ്ദിക്കും അപ്പൊ എന്താ അതിന് ഭോജനം കൊടുക്കുക എന്നുള്ളത് എന്താണ് അഗ്നി കത്തുമ്പോ സ്വാഹാ അർപ്പണമാണ് അർപ്പണമാണ് അന്നം കൊടുക്കുക എന്നുള്ളത് ഒരു യാഗമാണ് യാഗം മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവും അല്ലെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന ആക്കുണ്ടല്ലോ വെറും ഭോജനമാണെങ്കി കുഴപ്പമില്ല പക്ഷെ നാവു അനാവശ്യമായി വളർന്നു പോയി നമുക്ക് ഒരുപാട് നീളം വെച്ചുപോയി എന്തൊക്കെയാ കണ്ടുപിടിച്ചിരിക്കണത് അല്ലെ വൈശ്വാനര അഗ്നി സ്വരൂപനായി ഭഗവാന് കൊടുക്കാനുള്ളതാണ് എന്ന് കരുതിയ വിശപ്പിന് അന്നമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കുടുങ്ങിപ്പോയിരിക്കണം അത്യന്തം ഞങ്ങളെ പോലെ പ്രഭാഷണം ചെയ്യുന്നവര് അത്യന്തം കുടുങ്ങിപ്പോയിരിക്കണം എന്താന്ന് വെച്ചാ എവിടെ പോയാലും പായസം എവിടെ പോയാലും മധുര ബലഹ ആളുകൾ ഭക്തിയാണ് കൊറേ കഴിയുമ്പോ ഡയബറ്റീസും മറ്റേതും ഒക്കെ വരും സൂക്ഷിച്ചിട്ടില്ലെങ്കില് അപ്പോ വൈശ്വാനോഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത സകല പ്രാണികളുടെയും ദേഹത്തിൽ ജാഠരാഗ്നിയായി വർദ്ധിച്ചുകൊണ്ട് വൈശ്വാനര അഗ്നിയായി വർദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഭഗവാനെവിടെ എന്താ ജോലി നമ്മളുടെ വയറല് ഭഗവാന്റെ ജോലി എന്താ സമായുക്ത പ്രാണനയും അപാനനയും ആശ്രയിച്ചുകൊണ്ട് അതിനെ സമാനമാക്കിക്കൊണ്ട് അതിൽ അതിന്റെ ശക്തി എടുത്തുകൊണ്ട് അന്നം പച്ചാമി നമ്മൾ പുറമെ അടുക്കളയിൽ ഭജിച്ചതൊന്നും പോരാതെ ഭഗവാൻ വയറിലൊരു അടുക്കളയുണ്ട് അവിടെ അതൊക്കെ നല്ലവണ്ണം കുക്കിംഗ് ഒക്കെ നടത്തി ഡൈജഷനൊക്കെ നടത്തി നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അല്ലെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ച ആലോചിച്ച് നോക്കുക രാവിലെ എണീറ്റിട്ട് ആദ്യം ഇവിടെ ഒന്ന് തുറക്കണം അപ്പൊ വായ തുറക്കും എന്നിട്ട് അതിനകത്തേക്ക് ഇടണം എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം എന്നിട്ട് അത് പതുക്കെ ഉള്ളിൽ ഇറങ്ങി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു കോലുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കണം വയറിൽ പോയാലോ അവിടെ ഒരു പെട്ടി തുറക്കണം എന്നിട്ട് ഡൈജഷൻ ഡൈജഷൻ എന്താ അവിടെ ഒരു ചക്രം വെച്ചിട്ടുണ്ട് അതിട്ടിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും ആരും ഊൺ ഒഴുകിയില്ല ഇതിപ്പോ ഇതൊന്നും നമ്മളെ ഏൽപ്പിക്കാത്തതും ഉണ്ട് ഇഷ്ടം പോലെ വെറുതെ കിട്ടിയാൽ എന്തും അപ്പോ വൈശ്വാന അഗ്നി ചെലപ്പോ കെട്ടും അതാണ് ഗാസ്ട്രിക് ഫയർ എന്നും പറയും ഇംഗ്ലീഷില് അത് ഉള്ളില് ചിലപ്പോ കുഴപ്പമുണ്ടാക്കും അയാളെ ചെലപ്പോ ഒരുപാട് നമ്മൾ കൊടുത്താൽ അതൊരു വലിയ തപസ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ഈ വൈശ്വാനര അഗ്നി വളരെ എളുപ്പമാണ് അവരുടെ ആഹാരത്തിന്റെ രീതി സമ്പ്രദായവും ഒക്കെ നിശ്ചയിക്കാം ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവർക്ക് ആഹാരം മാറിക്കൊണ്ടേയിരിക്കും ഒരേ തരത്തിലുള്ള ആഹാരം ഒരേ രീതിയിലുള്ള ആഹാരം അത് നിവേദ്യമാക്കി ഭഗവാന് കൊടുക്കുന്നുള്ള ഭാവത്തോടെ പ്രത്യേകിച്ച് നേദിക്കണംന്ന് പോലും ഇല്ല ഈ കഴിക്കുന്നത് തന്നെ നിവേദ്യമാണെന്ന് കരുതാം നമുക്ക് ഈ ഉള്ളിൽ ദൈവമില്ല പുറമേക്ക് ദൈവം ഉണ്ടെന്ന് കരുതി അവിടെ നേതിച്ചിട്ട് ഇവിടെ എന്തോ കടം പോലെ കഴിക്കരുത് എന്നാണ് അതുകൊണ്ടാണ് പരിശേചനം ചെയ്ത് ഒക്കെ ബ്രാഹ്മണർ കഴിക്കുമല്ലോ പ്രാണായസ്വാ പാനായസ്വാ വ്യാനായസ്വാ സമാനായസ്വ ഈ പഞ്ചപ്രാണനും കൊടുത്ത് ബ്രഹ്മത്തിൽ എന്റെ ആത്മാവ് അമൃതാനുഭവത്തിനായി ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അന്നത്തിന് ഉള്ളിൽ കൊടുക്കണത് അപ്പോ ഈ അന്നം ഉള്ളിൽ എടുക്കുന്നത് പോലെ ഒരു ഉപാസന വൈശ്വാനര അഗ്നിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു പചാമി അന്നം ചതുർവിധം ബോധ്യം ചോഷ്യം പേയം ലേഹ്യം ചിലതൊക്കെ ചവച്ച് ചവച്ച് തിന്നും ചിലത് വഴിച്ചെടുത്ത് വിഴുങ്ങും ചിലത് കടിച്ചു തിന്നും ചിലത് കുടിക്കും അല്ലേ പലതരത്തിലുള്ള അന്നമാണല്ലോ ഇതൊക്കെ നമ്മളെ ഉള്ളിൽ ചെല്ലുമ്പോ അവിടെ സർവേശ്വരൻ നമ്മളുടെ ഉള്ളിൽ പല രൂപത്തിൽ വർത്തിക്കുന്നുവല്ലോ അതിൽ വൈശ്വാന രാഗ്നിരൂപനായി ഭഗവാൻ വർത്തി വർത്തിച്ചുകൊണ്ട് നോക്കൂ ഭഗവത് സാക്ഷാത്കാരത്തിന് നമ്മൾ എവിടെ പോണം ആളുകൾ സാക്ഷാത്കാരം കിട്ടിയില്ലേ ആ സാക്ഷാത്കാരം ഇതൊക്കെ എന്താ പിന്നെ ഈ വൈശ്വാനൊരു അഗ്നി വിശക്കുമ്പോൾ ഈശ്വരാനുഭൂതിയും വിശന്നിട്ട് അന്നം കൊടുത്തു കഴിയുമ്പോൾ ഈശ്വരനെ പൂജിച്ചു കഴിഞ്ഞു ആ ഭാവം ഋഷികളുടെ സംസ്കാരം അങ്ങനെയായിരുന്നു അത് പിടികിട്ടാത്തതുകൊണ്ടാണ് പുറമേക്ക് ഒരു അഗ്നി വന്നതും പുറമേക്ക് ദേവതകൾ വന്നതും ഒക്കെ ആദ്യത്തെ പൂജ ആത്മപൂജ ശരീരത്തിലുള്ള ഓരോ അംഗത്തിനെയും ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു തുടങ്ങി അവരവരുടെ ശരീരത്തിനെ കണ്ട് തന്നെ വൈശ്വാന അഗ്നി രൂപത്തിലായിരിക്കുന്ന ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായ വസ്തുവാണ് ഇതിനകത്ത് ഇരുന്ന് ഉള്ളിലേക്ക് ഇടുന്നതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് പിരിച്ച് ജീർണിപ്പിച്ച് അല്ലേ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചു കഴിയുമ്പോൾ എന്താവുന്നു അദ്ദേഹം ഒരു സ്ട്രൈക്ക് എല്ലാം എത്ര പ്രവൃത്തികളാവും വയറ്റിനകത്ത് നടക്കുന്നത് അപ്പോ അന്നം പചാമി കഴിക്കുന്ന അന്നത്തിനെ മുഴുവൻ ഉള്ളിലിരുന്ന് പച്ചിക്കുന്നു പക്വപ്പെടുത്തുന്നു അതിനെ നമ്മൾക്ക് യോജിച്ച രീതിയിലാക്കി മൂന്ന് വിധത്തിലാക്കി മാറ്റുന്നു അന്നമശിതം ത്രേതാ വിധീയത്തെ തസ്യ സ്ഥവിഷ്ഠോ ധാതു തത് പുരീഷം യോ മധ്യമ തന്മാസം യോ അനിഷ്ടന്മന ഈ കഴിച്ച അന്നത്തിനെ മൂന്നായിട്ട് പിരിക്കും എന്നാണ് അന്നവശിതം ത്രേധാ വിധീയത്തെ തസ്തവിഷ്ടോ ധാതു അതിന് ഭാഗം പുരീഷം മലമായിട്ട് പുറമേക്ക് വിസർജിക്കും യോ മധ്യമ അതിന്റെ മധ്യമ ഭാഗം മാംസമായിട്ട് ശരീരത്തിൽ ചേരും യോ അനിഷ്ട അതിന്റെ ഏറ്റവും സൂക്ഷ്മാംശം മനസ്സായിട്ട് പോകും അതുകൊണ്ടാണ് അന്നം വളരെ ജാഗ്രതയായിരിക്കണം സത്വശുദ്ധി കൊണ്ടാണ് ആഹാരശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധൌ്രുവാസ്മൃതി സ്മൃതേർ ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ അപ്പോ ആഹാരം ഏറ്റവും സൂക്ഷ്മംശം കാണാൻ കഴിയാത്ത അതിൽ അന്നത്തിൻറ്റേതായ അംശം ഉണ്ടാവും അത് ഉണ്ടാക്കുന്നവരുടെ അംശം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ അന്നം പാചകം ചെയ്താൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ന് അതിഥികൾ വരാൻ പോകണമെന്ന് വിചാരിക്കും എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് പാചകം ചെയ്യും എന്നിട്ട് കൊടുക്കുമ്പോ എന്താ എന്തോ കുറവ് ചില ദിവസം അന്നം പാചകം ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ഭംഗിയായിട്ട് വരും അത് എന്താ കൈ മണവാണെന്നൊക്കെ നമ്മൾ പറയും അത് എന്താന്ന് വെച്ചാൽ എന്നാണോ അധികം ചിത്തവൃത്തികളൊന്നും ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യണത് അന്നത്തെ കാര്യമൊക്കെ നന്നായിരിക്കും എവിടെ ചിത്തവൃത്തികൾ അവിടെ ഭഗവാൻ വരും അധികം വിചാരങ്ങളൊന്നും ഇല്ലാതെ ശാന്തിയോടുകൂടെ അന്നം വാചകം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തിന് ആ ശാന്തിയുടെ രുചി അതിൽ സൂക്ഷ്മംശമായി നിൽക്കും അപ്പൊ കഴിക്കുന്നവർക്ക് നല്ല സുഖം തോന്നും എല്ലാത്തിലും ഒരേ ഉപ്പ് ഒരേ മുളക് ഒരേ സാമ്പാർ പൊടിക്കും ഒരേ തേങ്ങ നാളികർ വരച്ചത് ഒക്കെ അല്ലേ എന്താ വ്യത്യാസം വരുന്നത് എവിടെ വ്യത്യാസം വരണോ ആ ഉണ്ടാക്കുന്ന ആളുടെ മനസ്സ് സൂക്ഷ്മംശമായി അന്നത്തിന്റെ കൂടെ ചേരും അപ്പൊ എന്താ കഴിക്കണവർക്ക് എന്തോ ഒരു ദിവ്യ അമൃതം കഴിക്കണ പോലെ ഒരു രുചി ആ രുചി ഈ പാചകം ചെയ്യുന്നതിൽ കൂടി വരുന്നതാണ് അപ്പോ വൈശ്വാനരനായ കൊടുക്കണോ എന്ന് തോന്നണം ആർക്കെങ്കിലും അന്നം കൊടുക്കുമ്പോ ആ വ്യക്തിക്കല്ല ആ വ്യക്തി ഒരു ദ്വാരം ആ വ്യക്തിയിലൂടെ സർവേശ്വരന് നേദ്യമാണ് ജഗത്തിനു മുഴുവൻ ഭോക്താവായും അത്താവായിട്ടും ഏതൊരു സർവേശ്വരൻ ഉണ്ടോ ആ സർവേശ്വരനാണ് ഈ ശരീരത്തിനകത്ത് ഇരുന്നുകൊണ്ട് വൈശ്വാനര അഗ്നിയായി നമ്മൾ കൊടുക്കുന്ന ഈ നേദ്യം സ്വീകരിക്കണത് അതെ അമ്പലത്തിലുള്ള മൂർത്തി വിഗ്രഹത്തിന് മുമ്പിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഫോട്ടോ വെച്ചോ നമ്മൾ നേദിക്കുന്നു ഒരു ഭാവത്തിന് പക്ഷെ ഭഗവാൻ ഭക്ഷിക്കുവോ എന്ന് ആളുകൾ ചോദിക്കും ഭക്ഷിക്കണല്ലോ ഓരോരുത്തരുടെ ശരീരത്തിലും ഇരുന്ന് ഭക്ഷിക്കണല്ലോ ഭഗവാൻ തന്നെ അല്ലേ ഭക്ഷിക്കണത് ജീവഭൂത സനാതനഹ അപ്പോ വൈശ്വാനര അഗ്നിയായി ഉള്ള ആ സർവേശ്വരന് അന്നം കൊടുക്കുന്നു ഈ നോക്കണം ഈ ഭാവം ഈതയൊക്കെ ഒരു ഫിലോസഫി അല്ല ദൈനംദിന ജീവിതമാണ് ഫിലോസഫി ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ എന്തു പ്രയോജനം എനിക്ക് ഒരു പ്രയോജനമില്ല എനിക്ക് ആദ്യം മുതലേ ഫിലോസഫിയിൽ ഒരു താല്പര്യവുമില്ല തലപൊകു കൊറേ കാര്യം ആലോചിച്ചിട്ട് ഇപ്പൊ എന്ത് പ്രയോജനം എന്ത് കാര്യം എനിക്ക് ജീവിക്കണ്ടേ ഇന്ന് രാത്രി പോയി ജീവിക്കണം നാളെ ജീവിക്കണം ഇതിനൊക്കെ ഇത് എങ്ങനെ പ്രയോജനപ്പെടും ഈ ഭാവം ശരിക്ക് സാക്ഷാത്കരിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് തെളിഞ്ഞു വന്നാൽ പ്രായോഗികത്തിൽ വരികയാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് അനുഭവത്തിൽ ഉണ്ടോ വരുവോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പക്ഷേ നമുക്കിത് നല്ലവണ്ണം തെളിയുകയാണെങ്കിൽ പതുക്കെ ആഹാരത്തിൽ നിയന്ത്രണം വരും പ്രാണാപാനന്മാരുടെ ഒഴുക്ക് ഏകദേശം ഒരു നല്ല താളത്തിലാവും പ്രാണാപാന സമായുക്ത എന്ന് ഭഗവാൻ വിദ്യ ഉപനിഷത്തി ഇതിനെ വിദ്യ എന്ന് തന്നെ പറയുന്നു ഈ വൈശ്വാനര വിദ്യ ഊണ് കഴിക്കുക എന്നുള്ള മെഡിറ്റേഷൻ നമ്മൾ എന്തൊക്കെയോ മെഡിറ്റേഷൻ എന്തൊക്കെയോ മെഡിറ്റേഷൻ പറയുന്നുവല്ലോ ഏറ്റവും പ്രധാനമായ മെഡിറ്റേഷൻ ഈ ഊണ് കഴിക്കുക എന്നുള്ള മെഡിറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് രണ്ടു നേരം അല്ലെങ്കിൽ മൂന്നു നേരമെങ്കിലും ഇത് പ്രയോഗത്തിൽ വരും ഏറ്റവും പ്രധാനമായ ഒരു മെഡിറ്റേഷനാണ് അതായത് നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ കഴിക്കണു എന്നുള്ള ഭാവമില്ല എന്റെ ശരീരത്തിന് വേണ്ടി രുചിക്ക് വേണ്ടി കഴിക്കണു എന്നുള്ള ഭാവമില്ല ഈ ശരീരത്തിലിരുന്ന് ആ പ്രഭു ഏതൊരു പ്രഭുവിനെ ഞാൻ ആരാധിക്കുന്നുമോ ഏതൊരു പ്രഭുവിന്റെ കയ്യിൽ ഞാൻ യന്ത്രമോ ആ പ്രഭു ആ ഭഗവാൻ ഈ ശരീരത്തിലിരുന്ന് അന്നം കഴിക്കുന്നു ഞാൻ കഴിക്കണമെന്നുള്ള ഭാവമേ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതാണോ ആ പ്രഭു എന്നുള്ളതാണ് ആ ഭാവത്തോടുകൂടെ കഴിക്കുന്ന അന്നം അകത്ത് ചെന്ന് കഴിയുമ്പോ അതിന്റെ ചുമതലയും ആ പ്രഭുവിനാണ് അത് ശരിക്ക് ജീർണിപ്പിച്ച് പുറമേക്ക് തള്ളി മാംസമാക്കിയുള്ള ഭാഗം ശേഖരിച്ച് അല്പം മനസ്സാക്കി മാറ്റി കഴിഞ്ഞു ഒന്നും അവശേഷിക്കില്ല അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ കഴിച്ചു കഴിഞ്ഞത് കുറെ അധികം ബാക്കി നിന്ന് അവിടെ എവിടെ കെട്ടി നിന്നിട്ട് പ്രാണനെ ശരിക്ക് ഒഴുകാൻ സമ്മതിക്കാതെ തടസ്സം ചെയ്യും പ്രാണനെ ഒഴുകാൻ സമ്മതിക്കാതെ തടസ്സം ചെയ്ത് കഴിയുമ്പോൾ അവിടെ എവിടെ ആയിട്ട് പല തടസ്സങ്ങൾ ഉണ്ടാവും ഇതൊക്കെ രോഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടും വ്യാധികളായിട്ട് പ്രത്യക്ഷപ്പെടും അപ്പോ വൈശ്വാന വിദ്യ എന്നുള്ളത് തന്നെ ഒരു സമ്പൂർണമായ ഒരു സയൻസാണ് ഈ ആഹാരത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഈ വിദ്യ തന്നെ ഒരു വലിയ ഒരു സയൻസാണ് അത് ഓരോരുത്തരും തപസ് ചെയ്യണം ഊണ് കഴിക്കണ കാര്യത്താ നമ്മൾ തപസ് ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ മന്ത്രം ജപിക്കലൊക്കെ നമുക്ക് സഹായം പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു മെഡിറ്റേഷൻ ചെയ്യാനല്ല ഊണ് കഴിക്കലേ തപസ്സാക്ക പിന്നെ ഉറക്കം യാവി സർവഭൂദേശ നിദ്രാറൂപേണ സംസ്ഥിത നോക്കണം വെറുതെ ഉറങ്ങാൻ പാടില്ല ഉറക്കം സമാധിയാണ് ശരിക്കും ചിത്തവൃത്തികളൊന്നും ഇല്ലാതെ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ വർത്തിക്കാൻ പഠിച്ചാൽ ഉറക്കത്തിലും അധികം ദുസ്വപനങ്ങളൊന്നും തന്നെ വരില്ല നല്ല ഉറക്കം ഉറക്കം കഴിഞ്ഞെടുക്കും എഴുന്നേക്കുമ്പോ ഉത്സാഹം ഈ ശങ്കരമഠത്തിലെ സന്യാസ സമ്പ്രദായത്തിലൊക്കെ സന്യാസികൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ അവർക്ക് ആരാധന ചെയ്യുക ദീപാരാധന കാണിക്കുക അതൊരു വലിയൊരു മംഗളകർമ്മമായിട്ടാ കരുത സന്യാസികൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ കൈലാസ ദർശനം എന്നാണ് പറയുക വൈഷ്ണവ സമ്പ്രദായത്തിൽ അവർ വൈകുണ്ഠ ദർശനം എന്ന് പറയും ഏത് ദർശനമോ ആവട്ടെ അത് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതിന് എന്താ അങ്ങനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാസനയില്ലാത്തവന്റെ ഉറക്കവും വാസനയുള്ളവന്റെ ഉറക്കത്തിനുള്ള വ്യത്യാസമാണ് സന്യാസികളെ നമ്മൾ ജ്ഞാനികൾ എന്ന് കണക്കാക്കുന്നു ജ്ഞാനികളാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം ജ്ഞാനികളാണെങ്കിൽ അവർ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ അവരുടെ മനസ്സ് മനസ്സ് ചെന്ന് ലയിക്കുന്ന സ്ഥാനത്ത് വാസന ഉണ്ടെങ്കിൽ അതിനെ ഉറക്കം എന്ന് പറയുന്നു വാസനയില്ലെങ്കിൽ അത് തന്നെ നിർവികൽപ സ്ഥിതിയാണ് വാസനയോടുകൂടെ ഉറങ്ങിയാൽ വാസനയോടുകൂടെ ഉണരും വാസനയില്ലാതെ ഉറങ്ങിയാൽ വാസനയില്ലാതെ ഉണർന്നു വരും സമാധിസ്ഥിതിയാണ് അതുകൊണ്ടാണ് കൈലാസത്തിൽ പോയിട്ട് വരുന്നു വൈകുന്ധത്തിൽ പോയിട്ട് വരുന്നു എന്നൊക്കെ പറയും ദീപാരാധനയൊക്കെ കാണിക്കും അവർ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് അതുമല്ല നല്ല ചെറിയ കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നോക്കും സാധാരണ ആളുകൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുഖം വികൃതമായിരിക്കും എന്താണെന്ന് വെച്ചാൽ വാസനാ പടലത്തിൽ ചെന്ന് ലയിച്ചിട്ടാണ് എണീറ്റ് വരണത് ഇരുട്ടിലേക്ക് പോയിട്ടാണ് വരുന്നത് അതുകൊണ്ട് രാവിലെ എണീക്കേണ്ട സമയത്ത് മുഖം വികൃതമായിരിക്കും എത്ര സുന്ദരമായ ആളുകളായിരിക്കും പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കാണാൻ കൊള്ളില്ല കൊച്ചു കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നോക്കുക ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ നല്ല സൗന്ദര്യമായിരിക്കും അവർക്ക് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും അത് ഉണ്ടാവും അതുപോലെ നല്ല ശുദ്ധ ഹൃദയന്മാർക്കും ഇതൊക്കെ മറ്റുള്ളവരെ നോക്കാനുള്ളതല്ല കേട്ടോ ഇതൊക്കെ പറയുമ്പോ നാളെ മുതൽ ഭർത്താവിനെ ഭാര്യ നോക്കും ഭാര്യയെ ഭർത്താവ് നോക്കും വലിയ കുഴപ്പമാവും അപ്പൊ ഉറക്കത്തില് ഉറക്കം പോലും നമുക്കൊരു തപസ്സാണ് സാധനയാണ് ഉറങ്ങുമ്പോ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് പ്രസന്നമായ ഹൃദയത്തോടുകൂടെ ഉറങ്ങാൻ പോണം ഉറങ്ങിയ എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ കട്ടിലിരുന്നുകൊണ്ട് പ്രാതസ്മരാമി ഹൃതി സംസ്ഫുരാത്മതത്വം സച്ചിത് സുഖം പരമഹം സഗതിം തുരീയം യസ്വപ്ന ജാഗര സുഷുപ്തിമവൈതിനിത്യം തദ്കളമഹം നിരഭൂതസംഗ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്കൊക്കെ സാക്ഷിയായ ആത്മതത്വത്തിനെ സ്മരിച്ചു കൊണ്ടോണു അപ്പെന്തായി നിദ്രയും ഒരു സമാധി ആഹാരം പാചകം ചെയ്യുകയാണെങ്കിലോ പാചക കർമ്മം എന്നുള്ളത് യാഗത്തിന് ഒരുക്കുന്ന പോലെയാണ് പാചകം ചെയ്യാന്നുള്ളത് യാഗമാണ് നടക്കുമ്പോഴോ ഓഫീസിലേക്ക് പോകുന്നു നടന്നു പോകുമ്പോഴോ സഞ്ചാര പദയോഹോ പ്രദക്ഷിണവിധി സഞ്ചാര സമാധി നടന്നുകൊണ്ടുള്ള സമാധി എങ്ങനെയാകുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ചിപ്രകാശത്തിന് ധ്യാനിച്ചുകൊണ്ട് സഞ്ചാരം തന്നെ സമാധി ധ്യാനമായിട്ട് തീരും അപ്പോ നമ്മളുടെ ജീവിതം മുഴുവൻ ദിവ്യമാക്കി മാറ്റാൻ കഴിയും ഒരു അംബിഷം അവിടെ ഇല്ലാതായിത്തീരുന്നവരെ നമ്മൾ തപസ് ചെയ്യണം അതിനാണ് ഈ വൈശ്വാൻ ഒക്കെ പറയണത് അല്ലാതെ വയറ്റിൽ ഭഗവാൻ ഒരു പാചകക്കാരനായ ഒരു കുഴിയെ ഒരു ഒരു കയ്യിലും പിടിച്ചുകൊണ്ട് ഒരു പാത്രവും വെച്ച് തലയിൽ ഒരു കെട്ടും കെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ വയറ്റിൽ നിൽക്കേണ്ടതെന്ന് വിചാരിക്കരുത് മോളിൽ നിന്ന് എന്താ പറയുന്നത് രാവിലെ ആയാൽ ചായ കൊണ്ടുവരാം തലയില് പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ഇഡലി ചിലർക്ക് പിന്നെ കൊമ്പ് കയ്യ് കാലും ഒക്കെ ഉള്ളതൊക്കെ വരും അപ്പൊ വൈശ്വാനരോഭൂത്വ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ചൈതന്യത്തിന്റെ പല കിരണങ്ങളാണ് ഇതൊക്കെ ഒരേ ചൈതന്യം തന്നെ അനേക കിരണങ്ങളായിട്ട് വൈശ്വാനരഗ്നിയായിട്ടും ഹൃദയസ്പന്ദന രൂപത്തിലും രക്തസംക്രമണ രൂപത്തിലും ഇങ്ങനെ പല ഭാവത്തിലും പ്രവർത്തിക്കുന്നു പക്ഷെ ഏറ്റവും പ്രധാനമാണ് അർത്ഥം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ തന്നെ ശ്രദ്ധിക്കാത്ത കാര്യം വെച്ചോളൂ ആഹാരം ഒരുവിധം നിയന്ത്രണം ചെയ്ത് ഒരു തപസ് ചെയ്ത് ശരീരത്തിനെ ആരോഗ്യമാക്കി തീർക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ആരോഗ്യമാക്കുക എന്ന് വെച്ച നിറയെ തിന്നിട്ട് ആരോഗ്യമാക്കുക അല്ല തിന്നുന്നതിന് ഒരുവിധം ഒന്ന് നിയന്ത്രിച്ചു കിട്ടുകയാണ് ഏറ്റവും പാഠം ധാരാളം തിന്നാൻ പാർക്കാൻ സാധ്യമല്ലാത്തത് കിട്ടുകയാണെങ്കിൽ എന്തും പോകും അപ്പൊ ഇതൊന്ന് ആഹാരം ഒരുവിധത്തിൽ നമുക്ക് പറ്റിയ രീതിയിലാക്കി തീർത്ത് പലരും അത് ചിലപ്പോ സാധ്യമല്ലെങ്കിൽ പ്രാരബ്ധനുസരിച്ച് എന്ത് കിട്ടുന്നുവോ അത് അല്പം നമുക്ക് വേണ്ട രീതിയിൽ മാത്രം സ്വീകരിച്ച് അതും ഉള്ളിലേക്ക് എടുക്കുന്നത് യാഗമാണോ യജ്ഞമാണോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഓർത്തുകൊണ്ടാണെങ്കിൽ ലോകം മുഴുവൻ തൃപ്തിപ്പെടും ഭഗവാൻ ഒരു കീര ഇല ചീരയുടെ ഇലയെടുത്ത് വായിലിട്ടപ്പോ പാഞ്ചാലിയുടെ പാത്രത്തിന് എടുത്തു വായിലിട്ടപ്പോൾ ലോകം എല്ലാവരുടെയും വിശപ്പ് അടങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആ ഭാവം നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ സാധിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഭേദാനന്ദ സ്വാമികൾ പിന്നെ ഇന്നലെ പറഞ്ഞോ വഘോരമണി ദേവി മൂന്ന് മൂന്ന് പേരും കൂടെ എവിടെയോ പോയിട്ട് തിരിച്ചു വരികയാണ് വണ്ടിയിൽ വരികയാണോ മൂന്ന് പേർക്കും നല്ല വിശപ്പ് ഇവരുടെ കൈയ്യിൽ അധികം പണവും ഇല്ല എവിടുന്നോ ബംഗാളിൽ കിട്ടുന്ന ഒരു പലഹാരം രൂഹിച്ചി അത് കുറച്ചു കിട്ടി അത് ഒരാൾക്ക് ഉള്ളതേ തികയുള്ളൂ മൂന്നുപേർക്ക് തികയില്ല അബിതാന സ്വാമി ഇതിനെ കുറിച്ച് എഴുതുന്നുണ്ട് മൂന്നുപേർക്ക് നല്ല വിശപ്പ് ശ്രീരാമകൃഷ്ണദേവൻ അത് വാങ്ങി ഒരു കൂസലും കൂടാതെ മറ്റു രണ്ടുപേർക്കും അല്പം പോലും കൊടുക്കാതെ സ്വയം ഭക്ഷിച്ചു താൻ തന്നോ സ്വാമി തോന്നിയത്രേ അദ്ദേഹം പറയുന്നുണ്ട് പിന്നാലെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടത് ഞാൻ വിചാരിച്ചു ഈ പറയുന്ന അധ്യാത്മികതയൊക്കെ കൊള്ളാം കാര്യം വരുമ്പോക്കെ തന്നെ വേറെ ഇറങ്ങലേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞതും അദ്ദേഹം വരെ രണ്ടുപേരും നോക്കി ചിരിച്ചുകൊണ്ടേ തിന്നുകയാണ് ഇവർക്ക് ഏപ്പം ഏപ്പം എന്താ ഏപകം വരെയാണ് ഉള്ളു നീ വേർന്നറിഞ്ഞിട്ടാണ് എന്നറിഞ്ഞു രണ്ടു പേർക്കും വേർന്ന് അറിഞ്ഞു എന്നാണ് സുഖമായി വേർന്ന് വേഷപ്പൊക്കെ പോയി ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാൽ സ്ഥിതിയായി എന്നാണ് ഭാവത്തിന്റെ ബലമാണതെ ഭാവത്തിന്റെ ബലമാണ് ഭാവബലം അത്ര കണ്ടും ഉണ്ടെങ്കിൽ വൈശ്വാനര അഗ്നി രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഓരോ ആഹാര കഴിക്കലും എന്നറിഞ്ഞാൽ നമ്മളുടെ ആഹാരം കഴിക്കൽ തന്നെ വലിയൊരു സാധനം അത് തന്നെ യാഗം യജ്ഞം തപസ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത അപ്പോ നമ്മൾ കഴിക്കുന്നത് പിന്നെ പ്രാണിനാം ദേഹമാശ്രിത സകല പ്രാണികൾക്കും അന്നം കൊടുക്കുന്നത് എന്നുള്ളത് ഒരു തപസ് അതിൽ മാത്രം മുഷിപ്പ് കാണിക്കാനേ പാടില്ല പണം ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വരുന്നവർക്ക് അന്നം കൊടുക്കണം ഭാഗവതത്തിൽ രന്തിദേവന്റെ കഥ പറയുമ്പോ അവിടെ പറയുന്നു എനിക്ക് വേറെ മോക്ഷവും വേണ്ട പുനർജന്മം വരാതിരിക്കുക എന്നുള്ളൊരു സ്ഥിതിയും വേണ്ട വിശന്നു കൊണ്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ അന്നം കൊടുക്കാൻ കഴിഞ്ഞാൽ മതി ഇത്തിരി ജലം കൊടുത്താലേ മതി അപ്പോ അന്നം കൊടുക്കുക മഹാത്മാക്കളൊക്കെ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ ബാക്കിയൊക്കെ ആളുകൾ ദുരുപയോഗപ്പെടുത്തും അന്നം കൊടുത്താല് പിന്നെ അതൊന്നു മാത്രമേ ബദി എന്ന് പറയുള്ളൂ ലിമിറ്റേഷൻ ഉണ്ടാവും പലർക്കും ഓരോ ലിമിറ്റിലായിരിക്കും മതി എന്ന് പറയാം എന്നാലും എപ്പോഴെങ്കിലും എനിക്ക് മതി എന്ന് പറയാൻ തൽക്കാലത്തേക്ക് തൃപ്തി വരും അത് ശരിയായിട്ടുള്ള ഒരു കാര്യവുമാണ് വിശപ്പ് എന്ന് പറയണത് നമുക്കൊക്കെ അറിയുന്നതുമാണ് നമുക്ക് ഭഗവാനായിട്ട് വെച്ചിട്ടുള്ള ആവശ്യം ഉള്ളൂ യാവത് ബ്രിയേത ഉദരം ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം എത്ര കണ്ട് വയർ നിറയ്ക്കാൻ വേണമോ അത്രയും നമ്മളുടേതുള്ളൂ എന്നാണ് അധികം യോ അഭിമന്യ ദ്യൂണിസം ആര് പറയും സോഷ്യലിസം ആര് പറയും ഭാഗവതത്തിൽ നാർദ മഹർഷി പറയാണ് അതിലും അധികം ആര് തന്റേത് എന്ന് അഭിമാനിക്കുന്നു അവനെ വലയ്ക്കൊണ്ട് തള്ളണമെന്നാണ് ദണ്ഡമർഹത അവൻ ദണ്ഡിക്കപ്പെടേണ്ടവനാണ് അപ്പോ ഇത് നമ്മളുടെ ചുമതലയാണ് നമ്മളുടെ വയറിന് അരയ്ക്കലും മറ്റുള്ളവരുടെ വയർ നിറയ്ക്കലും വേണ്ടവർക്കൊക്കെ കൊടുക്കലും പണ്ടൊക്കെ അതിഥി അതിഥിദേവോ ഭവ എന്നാണ് ആരെങ്കിലും ഒരു അതിഥി വരാനായി കാത്തുകൊണ്ടിരിക്കും ഇപ്പൊ വാസ്തുശാസ്ത്രം നോക്കുമ്പോ തന്നെ എങ്ങനെ വെച്ചാലാണോ അധികം ഗസ്റ്റ് വരാത്തത് അങ്ങനെ നോക്കി വെക്കു ബാധലെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷം വരണം പ്രത്യേകിച്ച് ശാപ്പാട് കൊടുക്കുന്നതിൽ സകല പ്രാണികൾക്കും കാക്കയ്ക്കും എലിക്കും അണ്ണാനും പശുവിനും പ്രാണികൾക്കൊക്കെ കൊടുത്ത് അവര് തിന്നുന്നത് കണ്ട് സന്തോഷിക്കണം അതിലൊക്കെ തിന്നുന്നത് കണ്ട് സന്തോഷിക്കണം എന്തു ദൂഷ്യമാവുള്ളത് കൊടുക്കും തോറും ഭക്തിയാണത് സാധനയാണ് അർച്ചനയാണത് അർപ്പണമാണ് ബാക്കി ഒക്കെ സെക്കൻഡറി ആണ് നിങ്ങൾ സ്കൂള് കെട്ടുകയോ ആസ്പത്രി കെട്ടുകയോ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ ചെയ്യാതിരുന്നോളൂ പക്ഷെ അന്നം വിൽക്കാൻ പാടില്ല കഴിയുന്നത് ഹോട്ടൽ നടത്തുന്നവരെ അവിടെ പറയണത് അത് വേറെ കാര്യം പക്ഷെ അവരവരുടെ വീട്ടിലും മറ്റു കാര്യത്തിനുമൊക്കെ വരുമ്പോ കഴിയുന്നതും അന്നം വിളിച്ചു കൊടുക്കണവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുക അപ്പോ പ്രാണിനാം ദേഹമാശ്രിതനായ ഭഗവാൻ ഭാഗവതത്തിൽ കപിലവാസുദേവൻ പറയുന്നു അഥമാം സർവേഷു ഭൂതേഷു ദേവഭൂതിയോട് കപിലൻ പറയുന്നു അമ്മേ ഞാൻ സർവഭൂതങ്ങളിലും ഭൂതാത്മാവായി വർത്തിക്കുന്നു അങ്ങനെയുള്ള എന്നെ ആരാധിക്കും എങ്ങനെ ആരാധിക്കും വിശക്കുമ്പോ അന്നം കൊടുക്കും വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുക്കും എങ്ങനെ സഹായിക്കാൻ പറ്റുമോ സഹായിച്ചോണ്ട് അത് ആരാധന അപ്പോ അങ്ങനെ പ്രാണാപാന സമായുക്താ പചാമ്യന്നം ചതുർവിധം പ്രാണാപാനന്മാരോടുകൂടെ ഇണങ്ങിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ വൈശ്വാനര അഗ്നി രൂപത്തിലുള്ള സർവേശ്വരൻ അന്നത്തിനെ സ്വീകരിച്ച് പജിച്ച് ജീർണിപ്പിച്ച് നമ്മൾക്ക് പുഷ്ടി തരുകയും നമ്മളുടെ ഉള്ളിൽ ഒരു വൈശ്വാനര ശക്തിയായി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വയറ്റൽ മാത്രമാണോ അല്ല പ്രാണികളുടെയും ഹൃദയത്തിൽ അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നോക്കൂ ഹൃദയ സതസ്മൃതിർ ജാനമോഹനം ചേദൈശ സർവൈരഹമേവേദ്യോ വേദാന്തകൃദ വിദേവചാഹം ഹം ഹൃതി സിവിഷ്ടോ മതസ്മൃതി വേദൈശ് സർവൈരഹമേ വേദ്യോ വേദേഹ എല്ലാരുടെയും എല്ലാഭൂതങ്ങളുടെയും പ്രാണികളുടെയും ഹൃതി ഹൃദയത്തിൽ അഹം സന്നിവിഷ്ടവിടെ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഹൃദി സന്നിവിഷ്ടൃദയമാണ് ഭഗവാന്റെ സ്ഥാനം ഹൃത് അയം ഹൃദി അയം വർത്തത്തെ അതുകൊണ്ട് തന്നെ അതിന് ഹൃദയം എന്ന് പേര് വന്നത് അപ്പോ ഹൃദി സന്നിവിഷ്ട ഹൃദയത്തിൽ വർത്തിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നിൽ നിന്നാണ് സകല ചിത്തവൃത്തികളും പൊന്തന്നത് എന്നിൽ നിന്നാണ് സകല ചലനങ്ങളും പൊന്തന്നത് അതിന് ഉദാഹരണമായിട്ട് ചിലത് പറഞ്ഞു എന്തൊക്കെയാ ഭത്തുവച്ചാൽ എന്നിൽ നിന്നും ഞാനാണ് അതിനധിഷ്ഠാനം അധിഷ്ഠാനമായ എന്നിൽ സ്മൃതിഹി സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മ ജ്ഞാനം ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം സ്മൃതി ജ്ഞാനം അപോഹനം അപോഹനം എന്ന് വെച്ചാൽ മറവി തള്ളിക്കളയൽ മാറ്റിക്കളയൽ മത്തഹ സ്മൃതി ജ്ഞാനം അപോഹനം ചെ ഇതൊക്കെ എന്നിൽ നിന്നാണോ വരുന്നത് നമുക്ക് തന്നെ രണ്ടിനെയും ആശ്രയിക്കാം നമ്മൾ സ്മൃതിയെ ആശ്രയിക്കാം അല്ലെങ്കിൽ ജ്ഞാനത്തിനെ ആശ്രയിക്കാം രണ്ടും നമ്മളുടെ ഉള്ളിലുണ്ട് ശ്രുതി സ്മൃതി എന്ന് പറയണമല്ലോ അതിനെ വേറെ ഒരു വിധത്തിന് അർത്ഥം പറഞ്ഞാൽ ശ്രുതി എന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ സ്മൃതി എന്ന് വെച്ചാൽ ആജ്ഞവൽക്കിയ സ്മൃതി മുതലായിട്ടുള്ള മനുസ്മൃതി ഒക്കെ ഉണ്ട് ശ്രുതി സ്മൃതി ഈ പുസ്തകം മാത്രമല്ല ജ്ഞാനികൾ അനുഭൂതിയിൽ നിന്നു പറയുന്ന കാര്യങ്ങൾ ശ്രുതി അവര് മനസ്സിൽ നിന്നല്ല മനസിന്റെ മണ്ഡലത്തിൽ നിന്നല്ല പറയണത് അവര് അപ്പത്തന്നെ ഉള്ളിൽ നിന്നും കേട്ടിട്ട് പുറത്തു പറയുന്നു ദ ആർ ഓൾസോ ലിസണേഴ്സ് ഉള്ളിൽ ശ്രവിച്ചുകൊണ്ട് പുറമേക്ക് പറയണത് ശ്രുതി അതല്ലാതെ പഠിച്ചു വെച്ചത് മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മെമ്മറിയിൽ നിന്ന് എടുത്ത് പുറമേക്ക് വിടുന്നത് സ്മൃതി നമ്മളിൽ ഏത് ശക്തി ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അനുഭവം കൊണ്ട് കണ്ടെത്താം സ്മൃതിയാണോ ശ്രുതിയാണോ ഇവിടെ സ്മൃതിയാണോ ജ്ഞാനമാണോ അധികവും സ്മൃതിയാണ് ഒക്കെ കളക്ടഡ് ഇംപ്രഷൻസ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളുടെ ഓർമ്മകൾ പല ഓർമ്മകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ വ്യവഹാരം തന്നെ ചെയ്യുന്നത് ജ്ഞാനം എന്നുള്ളത് മെമ്മറി അല്ലാത്ത അറിവാണ് അത് ശുദ്ധമായി ഹൃദയത്തെന്ന് വരുന്ന ഇന്റ്യൂഷനാണ് അപ്പം അപ്പപ്പ ചെയ്യുന്ന കാര്യമാണ് വർത്തമാനത്തിൽ പ്രവർത്തിക്കുന്നത് ജ്ഞാനത്തിന് വെച്ചുകൊണ്ടാണ് പിന്നെയോ ചിലതൊക്കെ മറിഞ്ഞു മറിഞ്ഞു പോകും തിരോധാന ശക്തി ഭഗവാന്റെ തന്നെ തിരോധാന ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട് പലതിനെയും മറച്ചു കളയും ഓ പ്രളയം സൃഷ്ടിയുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കണ ഉള്ളിൽ ചിലതൊക്കെ അപ്പപ്പം മാറ്റുകളയും ഭഗവാൻ അത് അപോഹനം അത് വലിയ അനുഗ്രഹമാണ് ആളുകളൊക്കെ ചോദിക്കും ഞങ്ങൾക്ക് സ്വാമി ഈ പൂർവ്വജന്മം പ പുനർജന്മൊക്കെ ഉണ്ടെന്ന് പറയണു ഈ പൂർവ്വജന്മം എന്താ അറിയാൻ കഴിയാത്തത് ചോദിക്കും അറിയാൻ കഴിഞ്ഞോ എന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഇരിക്കുവോ നിങ്ങള് അടുത്തിരിക്കുന്ന ആള് പണ്ട് ധൂവിലിരുന്നതാണ് ഇങ്ങനെ ആള് പണ്ട് മരത്തിന്റെ മേലെ ഇരുന്നതാണ് നമ്മളോ ഏതോ പോട്ടിന്റെ ഉള്ളിലിരുന്നതാണോ പിന്നാലെ തിരിഞ്ഞു നോക്കുമ്പോ പണ്ട് നമ്മളെ പിടിച്ചോണ്ട് പോയ ആളെ ഇരിക്കണ പാമ്പ് പിടുത്തക്കാരൻ അപ്പോ ഇങ്ങനെ പൂർവജന്മ കാര്യമൊക്കെ പിടികിട്ടിയാൽ അത്യന്തം കുഴപ്പമാവും കഴിഞ്ഞ ജന്മത്തില് നമ്മളുടെ അടുത്ത് കടം വാങ്ങിച്ചുകൊണ്ട് പോയ ആള് ഈ ജന്മത്തിൽ വന്ന് ചോദിക്കും കടം നമ്മളെ ആരുടെക്കും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ജന്മത്തിൽ വന്ന് ചോദിക്കും എത്ര കുഴപ്പമുണ്ടാവും അറിയോ ഭഗവാൻ എന്തു ചെയ്യുന്നു അപോഹനം അതൊക്കെ മറച്ചു കിടക്കുന്നു ഇനി ഈ ജന്മത്തെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ദുഃഖം ഒരു പത്ത് അറുപത് വയസ്സ് എഴുപത് വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ നമ്മൾ മറക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതൊന്നും മറക്കാതെ അതേ ഇന്റൻസിറ്റിയോടുകൂടെ ഇപ്പൊ തോന്നുകയാണെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റുമോ നമുക്ക് എത്ര വലിയ കാര്യങ്ങൾ തലയ്ക്കടിച്ചു കരഞ്ഞ ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവോ ഒറ്റ മരിച്ചിട്ട് തലയ്ക്കടിച്ച് ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കും അവര് തന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് സിനിമാ തിയേറ്ററിൽ പോയിരിക്കണം എന്താ ചോദിച്ചാൽ അത് ഒന്നും മറക്കാൻ വേണ്ടി ഇരിക്കുകയാണോ അവർ മറക്കാൻ വേണ്ടി അവര് ചെയ്യുമെന്നും വേണ്ട അതും മറന്നോളും എല്ലാം മറന്നുപോ കിം കിം ന വിസ്മരന്ത്യാമോഹിത ചേതസഹ ഭഗവതം തന്നെ ഇവിടെ എന്തു തന്നെ മറന്നു പോകില്ല സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അത്യത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഒക്കെ അഞ്ചഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മറന്നുപോയി നോപന്മാര് എന്തൊക്കെ തന്നെ മറന്നുപോവില്ല എന്ന് ചോദിക്കുന്നത് ശുഭബ്രഹ്മ മഹർഷി അതെന്താ അത് മായയുടെ ഒരു പവറാണ് ആവരണ ശക്തി ആവരണം കൊണ്ട് മറച്ചു മറച്ചു അപ്പോ അതിന് അപോഹനം എന്നും പേര് സർവസ്യജാഹം ഹൃതിസന്നിവിഷ്ടോ മതസ്മൃതി അപോഹനം ചെ ഈ എല്ലാവിധത്തിലുള്ള മനോവ്യാപാരങ്ങളും നടക്കുന്നത് അന്തരാത്മാവിലാണ് ആ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് വേദത്തിന്റെയും ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം അതാണ് വേദൈശ് സർവൈ അഹമേവ വേദ്യ വേദം മുഴുവൻ എവിടെ വന്നു വേദമൊക്കെ എവിടെ തോന്നി ആരുടെയോ ഹൃദയത്തിൽ പ്രകാശിച്ചതല്ലേ മന്ത്രം അപ്പൊ ആ മന്ത്രങ്ങളൊക്കെ എവിടെ കിടന്നു ഹൃദയത്ത് തന്നെ കിടന്നു അപ്പൊ വേദത്തിന്റെ ഒക്കെ മൂലസ്ഥാനം എവിടെയാ ഹൃദയം തന്നെ ഓ വേദമൊക്കെ നഷ്ടപ്പെട്ടു പോകുവോ നമുക്ക് പേടി നഷ്ടപ്പെട്ടു പോയാ പോട്ടെ വരും ഹൃദയത്തു നിന്ന് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ഇപ്പൊ അല്ല അതൊക്കെ നമുക്ക് അതിന് പുറന്തുകൊണ്ട് മാത്രമേ ഇപ്പൊ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ നിർത്താൻ പറ്റുവോ അപോഹനം ഭഗവാൻ പറയുകയാണ് ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ എല്ലാവരുടെ മെമ്മറിന്ന് മാറ്റി കളയുന്നതാണ് ഞാൻ വിചാരിച്ചാൽ ആയിരം പേര് അത് പുറത്തു കൊണ്ടുവരും ഉള്ളിന്ന് പ്രകാശിക്കും അത് ഒറിജിനൽ സോഴ്സ് എന്ന് പ്രകാശിക്കും ഇപ്പൊ ഭഗവാൻ എന്തു ചെയ്യുന്നു നമുക്ക് വേദമൊക്കെ നഷ്ടപ്പെട്ടു പോയി വേദമൊന്നുമില്ല ശാഖകളൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയി ഉള്ളതും കുറച്ച് പുറന്തൊണ്ട് മാത്രം ഈ പുറന്തൊണ്ടനെ വെച്ചുകൊണ്ട് നിൽക്കാൻ നമ്മൾ എന്തൊക്കെയോ ശ്രമിച്ചു നോക്കുന്നു ഒന്നും സാധ്യമല്ല ഏത് ഭഗവാൻ ഈ വേദത്തിനെ ഉദിപ്പിച്ചുവോ ആ ഭഗവാൻ തന്നെ അപോഹനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേ ഇപ്പൊ എന്തിനു അപോഹനം ചെയ്യണമെന്ന് വെച്ചാൽ ഒറിജിനൽ സോഴ്സ് വീണ്ടും വരും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഇപ്പൊ ഇരിക്കുന്ന രീതി അതിന്റെ പ്രാകൃത രൂപമായി കാണുന്നത് കൊണ്ട് ഭഗവാൻ തന്നെ അത് മാച്ചുകളും മാച്ച കളഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും വീണ്ടും ബ്രഹ്മാവ് വിജൃംഭണം ചെയ്യിപ്പിക്കും വേദത്തിനെ കൊണ്ടുവരും പുറത്തേക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല അപ്പൊ വേദൈശ്ച സർവൈ അഹമേവേദ്യേദാന്തൃത് വേദാന്തത്തിനെ ഉണ്ടാക്കിയവനും ഞാനാണ് ഉപനിഷ് ശ്രുതികളെ വേറെ ഒരു അർത്ഥം പറഞ്ഞാൽ വേദം എന്ന് വെച്ചാൽ അറിവ് അറിവിനെയൊക്കെ അവസാനിപ്പിക്കുന്ന ആളും ഞാനാണ് എന്നാണ് അറിവിന്റെ ഒക്കെ പാരമ്യത്തിൽ അനുഭൂതി മണ്ഡലത്തിൽ എത്തിക്കുന്നവനും ഞാനാണ് ഇപ്പൊ വേദാന്തം എന്നുള്ളതിന് ആത്മാനുഭവം എന്ന് എടുക്കുകയാണെങ്കിൽ ഈ അറിയുന്ന ഈ എക്സ്റ്റേണൽ നോളജ് ഒക്കെ നിർത്തിയിട്ട് ശരിയായ അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്നവനും ഞാനാണ് േദാന്തൃത് വേദവിദേവഹം വേദത്തിനെ അറിഞ്ഞവനാരാ അറിഞ്ഞവനും ഞാനാണ് ഈ ശ്ലോകം നമ്മൾ നാളെ കാണാം ഓലാവനമൃത് കിരീടം ഫാലനേത്രാചിഷദഗ്ധപഞ്ചേഷു കീട്ടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവ്രേന്ദുചൂടം ഭജേ മാർബന്ധു ശംഭോ മഹാദേവാ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജദ്ുജംഗാതരംഗാഭിരാമോത്തമാകാരവാടീകുറ സിദ്ധ സംസേവിതാഘി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവ നിിദാനന്തൂപ ു തശേഷോകേശ വൈരി പ്രതാ കാ കത്തഗേന്ദ്രവാസം ഭജേ ദിവസന്മാർ ബന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദ കർപ്പനമീശം കാളകോമകേശം കുന്ദ് ഭദന്തം സുരേഷൂര്യപ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവ േവാ മന്ദാരൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൌര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേ ശംഭോ ശംഭോ മേവേ സുഖിന് സു സന്തുരാമയാേ ഭദ്രാണി പശ്യു മാ കിഖഭവേത് കാച മനസേന്ദ്രിവാ ബുദ്ധ്യത്മന പ്രകൃതി സ്വഭാവ കോമേ സകലം പരസ്മയ